ഹര നമവിനസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീകാത്തയ ജയ രാമ രാമ ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ ധീപുംസഹ നവർത്തെ യുക്തി അപ്പൊ സ്വപനം ഏകാദശത്ത് ഇനീട് വരാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന അധ്യായത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ് യാവൻ ീരി പുംസഹ നവർത്തെത യുക്തി അപ്പൊ സ്വപൻ അജ്ഞാ സ്വപനം നാദീ നാസ്തുക്കളൊണ്ട് ദ്വൈത പ്രപഞ്ച ഉണ്മയാണെന്നു കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ അനേക വസ്തുക്കൾ ഉണ്ട് എന്ന് എത്രകാലം കരുതുന്നുവോ ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ വധം ഇണ്ടാവതല്ല യാവത് എന്നുവച്ചാൽ എത്ര കാലം നാനാർത്ഥം നാനാർത്ഥം എന്ന് വെച്ചാൽ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള ധീഹി ബുദ്ധി പുംസഹ ഒരു മനുഷ്യന് ഉണ്ടോ ന നിവർത്തേത യുക്തിബിഹി യുക്തി കൊണ്ട് യുക്തി എന്ന് വെച്ചാൽ സൂക്ഷ്മമായ തത്വദർശനം കൊണ്ട് നാനാ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് നിവർത്തിച്ച് ഏകവും അദ്വയവുമായ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ പല വസ്തുക്കൾ ഇവിടെ ഇല്ല ഭഗവാൻ മാത്രം സത്യം എന്നുള്ളത് അനുഭവത്തിന് വന്നിട്ടില്ലെങ്കിൽ ജാഗർത്തി അപി അവൻ ഉണർന്നിരിക്കുകയാണെങ്കിലും സ്വപന് അവൻ സ്വപ്നം കാണുകയാണെന്ന് അവൻ ഇനിയും ഉണർന്നിട്ടില്ല അതിനെന്താ ഉദാഹരണം എന്ന് വെച്ചാൽ ചിലപ്പോ സ്വപ്നത്തിൽ പലപ്പോഴും ഉണ്ടാവും നാലുമണിക്ക് എണീക്കണം നാലുമണിക്ക് എന്ന് വിചാരിക്കും എണീക്കണം എന്ന് വിചാരിച്ചാൽ നാലുമണിക്ക് എണീക്കും പല്ലു തേക്കും കാപ്പി കുടിക്കും ഷർട്ടും പാന്റും ഇടും ഓഫീസിലേക്ക് പോകും സ്വപ്നത്തില് എണീറ്റിട്ടേ ഉണ്ടാവില്ല അലാവ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അലാവ് അടിച്ചപ്പോൾ എണീറ്റ പോലെ സ്വപ്നം കാണും പലർക്കും അനുഭവമാണ് അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ആറു മണിയായി ഉണ്ടാവും സ്വപ്നേ ജാഗരണം യഥാം സ്വപ്നത്തിൽ ഉള്ള ജാഗ്രത പോലെയാണ് ഇയാളുടെ ജാഗ്രത അവസ്ഥ എന്നാണ് ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക എന്താ സ്വപ്നം മായ കാണിക്കുന്ന ജാലങ്ങൾ കാണുമ്പോൾ ജായ കാണിക്കുന്ന ജാലങ്ങൾ മായ കാണിക്കുന്ന ജാലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച ഉണ്മയാണെന്നും ഇവിടെ അനേക വസ്തുക്കൾ ഉണ്ടെന്നും നാനാവസ്തുക്കളുണ്ടെന്നും ഇത് ജാഗരൻ അഭി സ്വപന് സ്വപന് അജ്ഞ സ്വപ്നം യഥാ സ്വപ്നത്തിൽ കാണുന്ന ജാഗ്രത്തു പോലെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ വാസ്തവത്തിൽ ഇവിടെ ഒരേ ബ്രഹ്മം തന്നെ സത്വം രജ തമയിതി മൂന്ന് തലത്തിൽ പിരിയുന്നു ജ്ഞാന ക്രിയാ അർത്ഥ ഫലരൂപതയാരുശക്തി ബ്രഹ്മൈ ബഭാതി നിങ്ങളൊക്കെ എന്റെ മുമ്പിലിരിക്കുന്നു ഇവിടെ മൂന്നെണ്ണം ഉള്ളിൽ മനോരൂപത്തിൽ അറിവ് പ്രഭാഷണം എന്ന രൂപത്തിൽ കർമ്മം എന്റെ മുമ്പിൽ കാണുന്ന ദ്രവ്യങ്ങൾ അർത്ഥങ്ങളുടെ രൂപത്തിൽ അനേക നാമരൂപങ്ങൾ സത്വഗുണം ഉള്ളിൽ അറിവായിട്ടും രജോ ഗുണം കർമ്മമായിട്ടും തമോഗുണം സ്ഥൂല സ്ഥൂലമായ കോൺക്രീറ്റ് ഫോംസ് ആയിട്ടും മുമ്പിൽ നിൽക്കണം സത്വം രജ തമഗിതി ത്രിവി ഏകം ആദൌ ജ്ഞാന ക്രിയാ അർത്ഥ ഫല രൂപതയാ ഉരുശക്തി ബ്രഹ്മൈവാതി ഒരേ ബ്രഹ്മം തന്നെ ഭാതി എന്ന് വെച്ചാൽ പ്രകാശിക്കും ഏക്കമായ ബ്രഹ്മം അഖണ്ഡമായ ബ്രഹ്മം തന്നെ പരമാത്മാ തന്നെ ഭഗവാൻ തന്നെ ജീവനായിട്ടും ജഗത്തായിട്ടും എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ ഒന്നുകൂടെ വികസിപ്പിച്ചു പറയുകയാണ് ഭഗവാൻ രമണ മഹർഷി അരുണാചല അഷ്ടകം എന്ന ഒരു എഴുതി അതിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു സിനിമാ പ്രൊജക്ട് ൊജക്ടറിൽ മൂന്നെണ്ണമുണ്ട് ഒന്ന് ലൈറ്റ് രണ്ട് ഫിലിം മൂന്ന് ലെൻസ് പിന്നെ മുമ്പില് സ്ക്രീൻ സ്ക്രീനിൽ സിനിമ കാണും ലൈറ്റ് വാസ്തവത്തിൽ സിനിമ എന്ന് പറയുന്നത് എന്താണ് വെറും വെളിച്ചമാണ് വെളിച്ചത്തിനെ ഫിലിം ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യണത് വെളിച്ചത്തിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒഴുക്കിനെ ഈ നടുവിലുള്ള ഫിലിം ഡിസ്റ്റേബ് ചെയ്യുമ്പോ അനേക രൂപങ്ങൾ തോന്നുന്നു അതിൽ സ്നേഹ എന്താണ് കല്യാണം നടക്കുന്നു അതിൽ യുദ്ധം നടക്കുന്നു തമാശ ജോക്ക് നടക്കുന്നു എല്ലാം നടക്കുന്നു എല്ലാം ഈ ലൈറ്റിനെ ഫിലിം ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് അത് ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ സിനിമയായിട്ട് വരുന്നു അതേപോലെ നമ്മളുടെ ഉള്ളിലും എത്രയോ ജന്മങ്ങളായി ആർജിച്ച വാസനകളുടെ ഫിലിം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അലാതചക്രഭ്രമണം പോലെയാണ് ഫിലിം ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എത്രയോ ജന്മങ്ങളായി ആർജിച്ച വാസന ഈ ക്ഷേത വിഭ്രമിതം മനസ്സോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം പതിമൂന്നാമത്തെ അധ്യായമാണ് ഹംസോപാഖ്യാനം അവിടെ വരുന്ന ശ്ലോകമാണിത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കേട്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞത് ഓർമ്മ വെച്ചോളണം നാരായണത്ത് ഭ്രാന്തൻ മനസ്സിലായി മനസ്സിലായി പാടി കുറച്ചു ദിവസം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായില്ല എന്ന് പാടി കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായിന്ന് പാടി എന്താ ഭ്രാന്തരെ കുറച്ചു ദിവസം മനസ്സിലായില്ല എന്ന് വെച്ചപ്പോ എന്താ മനസ്സിലായത് അല്ല ഞാൻ ബ്രഹ്മവിചാരം ചെയ്യായിരുന്നു അത് മനസ്സിലാവോ എന്ന് നിൽക്കുകയായിരുന്നു എന്നിട്ടിപ്പോ മനസ്സിലായോ അത് മനസ്സിലാവില്ല എന്ന് മനസ്സിലായി മനസ്സ് എപ്പ ഇല്ലാതാകുമോ അപ്പൊ അത് തെളിയും മനസ്സുള്ളത്തോളം അത് മനസ്സിലാവില്ല സിനിമാ പ്രൊജക്ടറിൽ ഫിലിം ലൈറ്റ് ലെൻസ് സ്ക്രീൻ അതുപോലെ നമ്മളുടെ ഉള്ളിൽ എത്രയോ ജന്മമായി ആർജിച്ച വാസനകളുടെ ഫിലിം ഇങ്ങനെ ചുറ്റുന്നു അതിനു പുറകിൽ ഈ ചിജ്യോതി ചൈതന്യ ജ്യോതിസ് പ്രകാശിക്കുന്നു വാസനകളാവുന്ന ഫിലിമിലൂടെ കടന്നുവന്ന് ഇന്ദ്രിയങ്ങളാകുന്ന ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്ത് പുറമേക്ക് കാണുന്നതാണ് നമ്മളുടെ പ്രപഞ്ചം ആ ഫിലിം അവിടെ നിന്ന് എടുത്താൽ സ്ക്രീനിൽ എന്തുണ്ടാവും എന്തുണ്ടാവും വെറും വെളിച്ചം വെറും ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊന്നും ഉണ്ടാവില്ല അതേപോലെ ഉള്ളിൽ നിന്നും വാസനകൾ മുഴുവൻ പോയാൽ സർവ ഇന്ദ്രിയങ്ങളിലൂടെയും ബ്രഹ്മാനുഭവം കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും എല്ലാം ഭഗവത് സ്വരൂപം നാരായണ സ്വരൂപം കാണുന്നതൊക്കെ പാണ്ഡുരംഗനായിട്ട് തീരും അപ്പോ സ്വപ്നത്തിലും ജാഗ്രത്തിലും സുഷുപ്തിയിലും എല്ലാം ഭഗവാനായിട്ട് തീരും ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഈ ക്ഷേത വിഭ്രമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടം അതിലോലം അലാതചക്രം വിജ്ഞാനം ഏകം ഉരുധൈവ വിഭാതി മായാ സ്വപ്നസ്ത്രീത ഗുണവിസർഗൃതോ വികൽപ്പ ഒരേ വിജ്ഞാനം മൂന്നായിട്ട് പ്രകാശിക്കണമെന്നാണ് ഒരേ വിജ്ഞാനസ്വരൂപമായ ആത്മാവ് ബ്രഹ്മം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് വികൽപ്പൂപത്തിൽ നമ്മളാൽ അനുഭവിക്കപ്പെടുന്നു വികൽപ്പം നീങ്ങുമ്പോ വിജ്ഞാനം ശുദ്ധമായിട്ട് പ്രകാശിക്കും വികൽപ്പം ഉള്ളപ്പോ ജാഗ്രതാവസ്ഥയുണ്ട് സ്വപ്നാവസ്ഥയുണ്ട് സുഷുപ്തി അവസ്ഥയുണ്ട് വിജ്ഞാനം ഏകം ഉരുദൈവ വിഭാതി വിജ്ഞാനൂപോ ഭഗവാൻ യഥോസൗ അശേഷമൂർത്തിഹി നതു വസ്തുഭൂത വിഷ്ണുപുരാണത്തിലെ ശ്ലോകം ഭഗവാൻ ആരാണ് വിജ്ഞാനൂപോ ഭഗവാൻ യഥോസൗ അശേഷമൂർത്തിഹി നതു വസ്തുഭൂത ഒരു പ്രത്യേക രൂപത്തിലുള്ള വസ്തുവല്ല എന്നാണ് അശേഷമൂർത്തി എല്ലാം ആയിട്ട് നിൽക്കുന്ന മൂർത്തിയാണ് അവന്റെ സ്വരൂപമോ വിജ്ഞാനം വിജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് അറിവ് എന്ന് വെച്ചാൽ അനുഭവം അനുഭവം എന്ന് വെച്ചാൽ ബോധം ബോധം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ള ശുദ്ധമായ പ്രജ്ഞയിൽ മനസ്സ് എന്ന് പറയുന്ന അനിർവചനീയമായ ശക്തി ഉണ്ടാകുന്നു ആ അനിർവചനീയമായ ശക്തി അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ ഒരു ജീവനെ ജനിപ്പിക്കുന്നു ചെറിയതായിട്ട് അഖണ്ഡമാണ് നമ്മളുടെ സ്വരൂപം പക്ഷെ നമ്മള് സ്വയം ചെറുതായിട്ട് തീരുന്നു രാജാവിന്റെ പുത്രൻ അടുത്ത സിംഹാസനത്തിന് അവകാശി ആ കുട്ടി കാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടുപോയി കുറച്ചു കാലം രാജകുമാരനാണെന്ന് അറിയാതെ ഭിക്ഷക്കാരനായിട്ട് നടന്നു അത്രേ നാലെണ്ണ തരുവോ അഞ്ചു വയസ്സ് തരുവോ പത്ത് വയസ്സ് അയാളെ അവസാനം കണ്ടെത്തി പിടിച്ചുകൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഇരുത്തി അതുപോലെ അഖണ്ഡമായ ബ്രഹ്മം തന്നെ ഒരു കൊച്ചു ജീവനായി കരുതി ചെറുതായി കരുതി അലയുന്നു ഈ ചെറുത് എവിടെ വന്നു അഖണ്ഡ ബോധത്തിൽ നിന്നും ചെറുതൊന്നു വന്നു തമിഴില് വൈഷ്ണവ സമ്പ്രദായത്തിൽ അനേക ആഴ്വാർമാർ ഭക്തന്മാർ ആഴുവാർ എന്ന് വെച്ചാൽ ആഴ്ന്നു മുങ്ങുന്നവർ എന്നർത്ഥം ഹൃദയത്തിൽ ആഴ്ന്നു മുങ്ങുന്നവർ അഗാധമായി മുങ്ങുന്നവർ ആഴ്വാർ അതിൽ നമ്മാഴ്വാർ എന്ന് പറയുന്ന മഹാത്മാ ജനിക്കുമ്പോ തന്നെ ബ്രഹ്മാനുഭവത്തോടുകൂടെ ജനിച്ചു ജനിക്കുമ്പോ തന്നെ ബ്രഹ്മനിഷ്ഠനായി ജനിച്ചു ബാഹ്യപ്രജ്ഞയേ ഇല്ല ആ കുട്ടിക്ക് കുട്ടി ജനിച്ചിട്ടും കരഞ്ഞില്ല അത്രേ ശരീരപ്രജ്ഞയില്ല സകലത്തും ബ്രഹ്മം എന്നുള്ള അനുഭവം കുട്ടി മിണ്ടിയതുമില്ല വർത്തമാനം പറഞ്ഞതുമില്ല കുറച്ച് വലുതായതും തന്നെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് സമാധി നിഷ്ഠനായി അനുഭൂതിയിൽ നിഷ്ഠയിൽ ഇരുന്നു ശരീരപ്രജ്ഞയില്ല ആരുടെ അടുത്തും മിണ്ടുന്നില്ല അന്നമില്ല വസ്ത്രധാരണമില്ല ജലപാനമില്ല ശിവഭോഗ ഭഗവത് അനുഭവം മാത്രം ഉള്ളിൽ ഒരേ ഭോഗം ഏതാ ഭഗവാനെ അനുഭവിക്കുന്നു ഭഗവാൻ തന്നെ ചാപ്പാട് ഭഗവാൻ തന്നെ വെള്ളം ശരീരപ്രജ്ഞയേ ഇല്ല ദേഹപ്രജ്ഞയെ ഇല്ലാതെ ആഴ്ന്നിരിക്കുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം മധുരകവി ആഴ്വാർ എന്ന് പറയുന്ന ഭക്തൻ വടക്കേ ഇന്ത്യയിൽ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന ആ ഭക്തന് ഒരു ദിവസം രാത്രി ആകാശത്തിലൂടെ ഒരു നക്ഷത്രം വാൽനക്ഷത്രം ചലിക്കുന്നത് കണ്ടു ആ വാൽനക്ഷത്രം ചലിക്കുന്നത് കണ്ടപ്പോ ഉള്ളിൽ ഒരു ഇന്റൂഷൻ ഈ നക്ഷത്രത്തിനെ പിന്തുടർന്നു പോയാൽ തനിക്ക് ഗുരുനാഥന്റെ ദർശനം ഉണ്ടാവും അപ്പോ രാത്രി മുഴുവൻ ആ വാൽനക്ഷത്രത്തിനെ പിന്തുടർന്നുകൊണ്ട് നടന്നു കുറച്ചുദൂരം കഴിഞ്ഞു നേരം വിളിച്ചായപ്പോൾ അത് അപ്രത്യക്ഷമായി അവിടെ താമസിച്ചു അന്ന് രാത്രിയും കണ്ടു നക്ഷത്രം അതിനെ പിന്തുടർന്നു കണ്ടു കുറച്ചുദൂരം ചെന്നു ആ നക്ഷത്രം അപ്രത്യക്ഷമായി അവിടെ താമസിച്ചു ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് തമിഴ്നാട്ടിലെത്തി നമ്മാഴുവാർ താമസിക്കുന്ന ആ സ്ഥലത്തെത്തി അവിടെ വന്ന ആ വാൽനക്ഷത്രം അപ്രത്യക്ഷമായി അപ്പോ ഇവിടെ തനിക്ക് തന്റെ സദ്ഗുരുവിനെ കാണാൻ സാധിക്കും എന്നറിഞ്ഞു അവിടെ അന്വേഷിച്ച് ചെന്നപ്പോ ആ അമ്പലത്തില് അവിടെ വൃക്ഷച്ചവട്ടില് ബാഹ്യപ്രജ്ഞയില്ലാതെ സമാധി സുഖം അനുഭവിച്ചുകൊണ്ട് നമ്മാഴുവാർ ഇരിക്കുന്നു മധുരകവി ചെന്ന് നമസ്കരിച്ചു ഇത്രകാലം നമാഴ്വാർ ആരോടും വർത്തമാനം പറഞ്ഞിട്ടില്ല മധുരകവി ആഴ്വാർ ചെന്ന് നമസ്കരിച്ചു എന്നിട്ട് ഒരു ചോദ്യം നമ്മളിപ്പോ പറഞ്ഞുവല്ലോ അഖണ്ഡ ബോധത്തിൽ നിന്നും യുന്ന ഒരു പ്രത്യേക ജീവൻ പൊന്തി വലുതിൽ നിന്നും ചെറുതു പൊന്തി ബ്രഹ്മത്തിന് ബൃഹത് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മം എന്നു പേര് എല്ലാത്തിനെയും തന്നിൽ അടക്കുന്നതുകൊണ്ട് ബ്രഹ്മം ഭാഗവതത്തിൽ ബ്രഹ്മത്തിന് ബൃഹത് എന്ന് തന്നെ പേര് പറഞ്ഞിട്ടു ശ്രുതിഗീതയിൽ ബൃഹത് ഉപലബ്ധം അവയന്തി അവശേഷതയാ ബൃഹത് എന്ന് വെച്ചാൽ ബ്രഹ്മം വലുത് െ ചിത്ത് എന്നും പറയും നമ്മളുടെ സ്വസ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചാൽ ചിത്ത് ചിത്ത് എന്ന് വെച്ചാൽ കോൺഷ്യസ്നെസ് ബോധം മധുരകവി ആൾവാർ നമാഴ്വാറിനെ കണ്ടപ്പോ ചോദിച്ച ഒരു ചോദ്യം ചിറ്റിൻ വയത്തിൽ ചിരിയത് ഒന്ന് പിറന്താൽ യത്തൈ തിൻ്റെ എങ്കേ കിടക്കും എന്ന് ചോദിച്ചു ചിത്ത് എന്ന് വെച്ചാൽ ഈ ബോധം ഈ അഖണ്ഡ ബോധത്തിൽ ചിരിയത് എന്ന് വെച്ചാൽ ചെറുത് ഇൻഫിനറ്റിൽ നിന്നും ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒന്ന് വന്നു അനന്തത്തിൽ നിന്നും അല്പമായിട്ടുള്ള ഒന്ന് പൊന്തി അല്പമെന്താ ഈ ജീവൻ അത് പൊന്തിയാൽ എത്തൈ തിണ്ട് എന്തിനെ തിന്നിട്ട് എന്തിനെ അനുഭവിച്ചുകൊണ്ട് എവിടെയിരിക്കും എത്തൈ തിൻറ് എങ്കേ കിടക്കും ഇതാണ് ചോദ്യം മധുരകവി ആഴ്വാറിന്റെ ഇത്രകാലം മിണ്ടാതിരുന്ന നമ്മൾവാർ ചിറ്റിൻ വയറ്റിൽ ശിരിയതൊണ്ട് പിറന്താൽ എത്തൈ തിണ്ട് എങ്കേ കിടക്കും എന്ന് ചോദിച്ചപ്പോ നമ്മൾവാർ പറഞ്ഞ ഉത്തരം അത്തേ കിടക്കും ചിത്തിൽ നിന്നും അല്പമായി ജീവൻ പൊന്തിയാൽ എന്തിനെ ഭുജിച്ച് എവിടെയിരിക്കും എന്ന് ചോദിച്ചു അതിന് അദ്ദേഹം ആൻസർ കൊടുത്തു അതിനെ തന്നെ ഭുജിച്ച് അവിടെ തന്നെ കിടക്കും എന്നാണ് എന്നുവെച്ചാൽ ആ ചിത്തിനെ തന്നെ അനുഭവിച്ച് ആ ബ്രഹ്മാനുഭവം തന്നെ ആസ്വദിച്ച് അവിടെ തന്നെ തന്റെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കും ഏത് മൂലത്തിൽ നിന്നും പൊന്തിയോ ആ മൂലത്തിൽ തന്നെ വീണ്ടും ചെന്ന് അവിടെ തന്നെ അമൃതമുണ്ട് തേനുണ്ട് ആ അമൃതിനെ അനുഭവിച്ച് അമൃതാനുഭവം നേടി അവിടെ തന്നെ കിടക്കും െന്നാൽ അഹങ്കാരം നശിച്ചാൽ അമൃതപ്രവാഹം ശുദ്ധമായ പ്രജ്ഞ അനുഭവം ആ പ്രജ്ഞയെ അനുഭവിച്ച് ആ ആനന്ദത്തിൽ തന്റെ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് തന്റെ പ്രത്യേക വ്യക്തിബോധം ഇല്ലാതായി അഖണ്ഡാകാരമായി അത്തതിന്റെ അങ്കേ കിടക്കും എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ആ ജീവബോധം ഇല്ലാതായിട്ട് തീരും എന്നർത്ഥം जीवबोधम प्रत्येक पंदू तान प्रत्येक जीवन अहंकार धिक अनेंध अस्तम अव कीव अहंकार ज्ञान क्रिया अर्थ फल रूपतया गुरीशक्ति ജ്ഞാനമായിട്ടും കർമ്മമായിട്ടും അഹങ്കാരമായിട്ടുള്ള ഈ ജീവന്റെ ചലനമുണ്ടല്ലോ അത് അവിടെ തന്നെ ഇറ്റ് ഗെറ്റ്സ് ലിക്വിഡ് ഏറ്റഡ് അവിടെ തന്നെ ഇല്ലാതാവുന്നു അപ്പോ സ്വയമേവ ബ്രഹ്മം സ്വയമേവ അവിടെ പരമാത്മാ പ്രകാശിക്കുന്നു വിജ്ഞാനം നമ്മള് തുടങ്ങിയത് അവിടെ നിന്നാണ് വിജ്ഞാനം ഏകം ഉരുദേവ വിഭാതീന്ന് വിജ്ഞാനമാണ് ആത്മാവിന്റെ സ്വരൂപം വിജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് ബോധം അനുഭവം ആ വിജ്ഞാനസ്വരൂപമായ ആത്മാ അതിലാണ് മനസ്സ് പൊന്തണത് അതിൽ ഞാൻ എന്നുള്ള അഹങ്കാരം പൊന്തുണു നമുക്ക് ആഴമായി നമ്മളിൽ ശ്രദ്ധിച്ചാൽ കാണാം ഞാൻ എന്നുള്ള അഹങ്കാരം വേറെ ഞാൻ വേറെ എനിൽ തന്നെ രണ്ട് ഞാൻ ഒന്ന് യഥാർത്ഥ ഞാൻ ഒന്ന് എന്റെ മിറർ നമ്മൾ കണ്ണാടിയിൽ നമ്മളുടെ റിഫ്ലക്ഷൻ കാണുന്നു ആ റിഫ്ലക്ഷന് ജീവൻ വെച്ച അങ്ങനെ ഉണ്ടാവും സുന്ദരമൂർത്തി സ്വാമിയുടെ കഥ പറഞ്ഞല്ലോ സുന്ദരമൂർത്തി അങ്ങനെ ഉണ്ടായതാണ് അത്ര ശിവൻ കണ്ണാടിയിൽ നോക്കി തന്റെ രൂപം ആസ്വദിച്ചു ആ രൂപം കണ്ണാടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ലോകത്തിൽ ഇത്രയും സഫർ ചെയ്തതെന്നാണ് ബുദ്ധിമുട്ടിയത് എത്ര വലിയ തത്വം നോക്കൂ ബ്രഹ്മം തന്റെ പ്രതിബിംബത്തിനെ താനെന്നു കരുതുമ്പോ ഇത്രയധികം ദുഃഖിക്കണം പ്രതിബിംബം വേറെ ബിംബം വേറെ പ്രതിബിംബം ബിംബവും ഒരേ സ്ഥലത്ത് നോക്കുന്നു ഒരേ വൃക്ഷത്തിൽ രണ്ട് പക്ഷി ഒന്ന് ഈ അഹങ്കാരം രണ്ട് അഹംബോധം എന്താ ബുദ്ധിമുട്ട് അറിയാൻ എന്ത് ബുദ്ധിമുട്ട് വലിയ കണക്ക് കാര്യം ഒന്നുമില്ല അങ്ങനെ വല്ല ബുദ്ധിമുട്ട് ഇതിലുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒട്ടും പിടികിട്ടില്ലായിരുന്നു കാരണം സ്കൂളിലെ കണക്കോ മറ്റോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്നതിലൊക്കെ വട്ടപൂജ്യമാണ് ബുദ്ധി കൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടതെങ്കിൽ എനിക്ക് യാതൊരു വിധത്തിലും പിടികിട്ടില്ലായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു അല്പം ബുദ്ധി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് പിടികിട്ടും തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് പിടികിട്ടിയത് ബുദ്ധിയാണ് അതിൽ മുട്ടിക്കണത് നമ്മളെ കുഴപ്പം അത് കുറച്ച് മാറ്റിവെച്ചാൽ എന്ത് വിഷമം അയ്യേ അതിസുലഭം ആത്മവിത്തയ്യേ അതിസുലഭം ഊനാരുടൽ ഇതുവേ നാനാമെനും നിനാ നിനേരോർ നാരെനുമതാൽ നാൻ യർ ഇടം ഏതെന് ഉൾ പോനാൽ നിനി നാ നാൻ എനു കുഹയുൾ താനായകഴും ആത്മ ജ്ഞാനമേ ഇതുവേ മൗനമേ മേ ഇൻപസ്ഥാനമേ അയ്യേ അതിസുലഭം ആത്മവിദ്യയ്യേ അതിസുലഭം ബ്രാഹ്മണ ഭഗവാന്റെ ആത്മവിദ്യ ഗീതം അതിൽ പറയുന്നു ഇത്ര സുലഭമായിട്ട് വേറെ എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇതിനെ സുരേഷാനന്ദ സ്വാമി വിവർത്തനം ചെയ്തു എനിക്ക് ആ പാട്ട് ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം ഇത്ര ആദ്യത്തെ പാട്ട് ഇത്ര എത്ര സുലഭമാണ് ആത്മസാക്ഷാത്കാരം ഈ പാട്ട് ഊനാർ ഉടൽ ഊൻ എന്ന് വെച്ചാൽ ഉണ്ണുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഉടൽ ശരീരം ഈ ശരീരമേ ഞാൻ എന്ന് ധരിക്കുന്നു അത് തള്ളിക്കളഞ്ഞ് ഞാൻ യാർ ഇടം ഏത് ഞാൻ ആരാണ് ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഉൾപോനാൽ ഉള്ളിലേക്ക് പോകുമ്പോ നിലവുകൾ പോയി ചിത്തവൃത്തികളൊക്കെ പോകുന്നു ചിത്തവൃത്തികൾ അടങ്ങി ഞാൻ ഞാൻ എന്ന് മറ്റൊരു ഞാൻ ഉള്ളിൽ നിന്ന് പൊന്തുണമെന്നാണ് അഹങ്കാരജ്ഞാനല്ല അഹങ്കാരൂപത്തിലുള്ള ഞാൻ പോകുമ്പോൾ അവിഛിന്നമായ ബോധാനുഭവം അഖണ്ഡമായ വസ്തു താൻ താനായി ഉള്ളിൽ നമ്മളുടെ ഹൃദയഗുഹയിൽ പ്രകാശിക്കും ആ ആത്മജ്ഞാനത്തിന് മറ്റൊരു പേരെന്താ ഇതുവേ മൗനമേ അതിനു പേരാണ് മൗനം യഥാർത്ഥ മൗനം ഏകവാനമേ ചിദ്ഗനം ചിതാകാശം ഇൻപസ്ഥാനമേ ആനന്ദത്തിന്റെ ഉറവിടം അയ്യേ അതിസുലഭം എത്ര സുലഭം എത്ര എളുപ്പമാണ് ബാക്കിയുള്ളതിലൊക്കെ എന്തെങ്കിലും ചെയ്യണം ഇതിലൊന്നും ചെയ്യാനില്ല എന്നാണ് യാതൊന്നും ചെയ്യ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടേ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വലുതൊക്കെ ചെയ്ത് ടു ഡുവേഴ്സ് ആണ് നമ്മളൊക്കെ വെൻ ഇറ്റ് കംസ് ടു നോട്ട് ഡൂയിങ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് എല്ലാം ചെയ്യാനാണെങ്കിൽ സുഖം ചുമ്മാ അമർതിർക്ക് അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ അടങ്ങിയിരിക്കുമ്പോ ചുമ്മായിരിക്കാൻ എന്നു വരുമ്പോഴാണ് വിഷം അതും ഇതും അല്ല സദർത്ഥം അല്ല അഹം അതുമിതുമല്ല സദർത്ഥമല്ല അഹം സച്ചിത് അമൃതം എന്നു തെളിഞ്ഞു ധീരനായി സദസി പ്രതിപത്തിയറ്റ് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം ആത്മോപദേശ ശതകത്തിൽ അവസാനത്തെ ശ്ലോകമാണ് അതും ഇതുമല്ല സത് അർത്ഥമല്ല അഹം സച്ചിത് അമൃതം എന്നു തെളിഞ്ഞു ധീരനായി സത് അസതി പ്രതിപത്തിയറ്റ് സോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം സ്വസ്വരൂപത്തിൽ മൃദുവായി അമര് മൃദുവായി വെച്ചാൽ എന്താ വെരി സോഫ്റ്റ് ലൂസിഡ് വെരി സിംപിൾ പിന്നെന്താ ഇത് ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നണത് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് പാൾബുരണ്ടൻ രമണ മഹർഷിയോട് പറഞ്ഞു സ്വാമി അത് വളരെ ബുദ്ധിമുട്ടാണ് മഹർഷി പറഞ്ഞു ഈ ബുദ്ധിമുട്ടാണ് തോട്ട് മാറ്റാൻ നിങ്ങൾക്ക് മൂന്ന് ജന്മം വേണ്ടി വരും ഫസ്റ്റ് യു ഹാവ് ടു കൺവിൻസ് യുവർ സെൽഫ് ദറ്റ് ഇറ്റ് ഇസ് സിമ്പിൾ ദെൻ യു ഹാവ് ടു പുട്ട് എഫർട്ട് അപ്പൊ എന്താ വിഷമം പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറയുന്നു നഹി അച്യുതം പ്രീണയതോ ബഹു ആയാസോ അസുരാത്മജാ ആത്മത്വാത് സർവഭൂതാ നാം സിദ്ധത്വാദിഹ് അച്യുതനെ പ്രീതിപ്പെടുത്താൻ അല്പം പോലും ആയാസമില്ല ഹേ അസുരക്കുട്ടികളെ അസുരക്കുട്ടികളോട് പറയാ പ്രഹ്ലാദൻ എന്തുകൊണ്ട് ആയാസം വിഷമമില്ല ആത്മത്വാത് അവൻ കിട്ടിയിട്ടുള്ള വസ്തുവല്ലേ സിദ്ധത്വാത് സിദ്ധമായിട്ടുള്ള വസ്തുവല്ലേ എവിടെയെങ്കിലും കൊണ്ടുവരണമെങ്കിൽ എഫേർട്ട് വേണം ഇത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളതാണ് ലഭിച്ചിട്ടുള്ളതാണ് സർവത്ര എല്ലാ സമയത്തും നമ്മളുടെ കൂടെ ഉണ്ട് ശശ്വത് ഒരു ക്ഷണം പോലും നമ്മളെ വിട്ടു അനപായി ബാക്കിയുള്ളതൊക്കെ പോവുകയും വരുകയും ചെയ്യും ഇത് പോവുകയും വരുകയും ചെയ്യുന്നില്ല ഉണ്ട് കൂടെ എപ്പോഴും ഉണ്ട് നല്ലവണ്ണം മനസ്സ് ദുഃഖിക്കുമ്പോൾ അല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഏകാന്തത്തില് ചെന്നിരിക്കുക പതുക്കെ പതുക്കെ ഈ ദുഃഖാനുഭവത്തിനു പുറകിൽ ആരുണ്ട് എന്ന് നോക്കിയാൽ ദുഃഖാനുഭവത്തിനു പുറകിൽ ആനന്ദ സ്വരൂപനായ ഇരിക്കുന്നു ഒരു കഥയുണ്ട് ഭഗവാൻ ഒരു ഭക്തനോട് പറഞ്ഞു നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഭഗവാനെ അതെനിക്ക് എങ്ങനെ അറിയും ഈ ഭക്തൻ ചോദിച്ചു ഭഗവാൻ പറഞ്ഞു നീ പോകുന്ന സമയത്ത് നിന്റെ കൂടെ തന്നെ നിന്റെ കാലടി അല്ലാതെ രണ്ട് എക്സ്ട്രാ കാലടി നീ എപ്പോഴും കാണും രണ്ടു പാദങ്ങൾ എക്സ്ട്രാ ഫുട് പ്രിന്റ്സ് കാണും അപ്പൊ ഈ വലിയ സന്തോഷമായി ജീവിതം മുഴുവൻ അതേ അനുഭവം കൂടെ ഭഗവാൻ വരുന്നു ഒരിക്കൽ ഇയാൾക്ക് കുടുംബ പ്രശ്നങ്ങളും അനേക ദുഃഖങ്ങളും സഹിക്കവയ്യാത്ത വിഷമങ്ങൾ വന്നു നോക്കുമ്പോ താൻ നടന്നു വന്ന വഴിയൊക്കെ നോക്കുമ്പോ രണ്ട് കാലടികളെ ഉള്ളു മറ്റ് രണ്ട് പാദങ്ങൾ എക്സ്ട്രാ ഫുട് പ്രിന്റ്സ് കാണാനില്ല ഇയാളോട് ഭഗവാനോട് പോയിട്ട് ഇയാൾ പറഞ്ഞു ഭഗവാനേ നിങ്ങളും മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാരും നമുക്ക് സുഖമായിട്ടിരിക്കുമ്പോ നമ്മളുടെ കൂടെ ഉണ്ടാവും ദുഃഖം വരുമ്പോ ആരും ഉണ്ടാവില്ല ഞാനിപ്പോ വിഷമിക്കുമ്പോ നിങ്ങളുടെ കാലടി കാണാനില്ലല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞു കുഞ്ഞെ ആ കാലടി ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ അതൊന്നും നല്ലവണ്ണം നോക്കുന്നത് നിന്റെ അല്ലാതെ എന്റെയാണ് ഐ ആം കാരിയിങ് യു നിന്നെ ഞാൻ വഹിക്കുകയാണ് നീ നിന്റെ കാലടി അല്ലാതെ അത് എന്റെ കാലടിയാണ് നീ വിചാരിച്ചു അത് ഈ കാണുന്ന രണ്ടെണ്ണം തൻറെയാണെന്ന് വിചാരിച്ചു അത് തന്റെ ഭഗവാൻ നമ്മളെ വഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളിലൂടെ ദുഃഖം അനുഭവിക്കുന്നത് ആരാണ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു അഹങ്കാരം അവിടെ ഇല്ല പരിപൂർണ വസ്തു തന്നെ നമ്മളിലൂടെ സുഖമനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു അനുഭവിക്കുന്ന ഒരു അഹങ്കാരത്തിന് അവിടെ സ്ഥാനമേ ഇല്ല ഭോക്താവായ അഹങ്കൃതി പോയാൽ കർത്താവായ അഹംകൃതി പോയാൽ ഉള്ളത് പൂർണ്ണ വസ്തുവാണ് അതാണ് ആത്മവിചാരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം ആത്മവിചാരം മുഖ്യ എപ്പോഴും ആത്മവിചാരം ചെയ്തിട്ടില്ലെങ്കിൽ പോലും സുഖമോ ദുഃഖമോ അനുഭവിക്കുമ്പോൾ ചെയ്യണം സുഖമായിട്ടിരിക്കുമ്പോൾ ആര് സുഖം അനുഭവിക്കുന്നു ഉള്ളിലൊന്ന് അന്വേഷിച്ചു നോക്കണം ഞാൻ അനുഭവിക്കുന്നു ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എവിടെ നിന്ന് പൊന്തി നോക്കുമ്പോൾ ഒരു ഞാനേ ഇല്ല സുഖാനുഭവം ഉണ്ട് അതെന്താണ് ഖണ്ഡമായ ആത്മാനുഭവത്തിൽ സുഖം എന്നുള്ള ഒരല വിൽ ഓൾസോ ഗോ കുറച്ച് കഴിയുമ്പോഴോ ദുഃഖം വരും ദുഃഖം വരുമ്പോ എനിക്ക് ദുഃഖം എനിക്ക് ഇങ്ങനെ വിഷമം വന്നു ഈ ഞാൻ ആരാണ് ഈ ദുഃഖം അനുഭവിക്കുന്ന ഞാൻ ആരാണ് വിഷമം അനുഭവിക്കുന്ന ഞാൻ ആരാണ് പലർക്കും ഈ ഞാനാണ് ഏറ്റവും വലിയ പ്രോബ്ലം എനിക്ക് ദുഃഖം വന്നു എനിക്ക് വിഷമം വന്നു എത്ര പേര് ചോദിച്ചിട്ടുണ്ടറിയോ സെയിം ക്വസ്റ്റ്യൻ പലരും ചോദിച്ചു സ്വാമി എന്നാൽ ഞങ്ങൾക്ക് പോയി വരാവോ അടുത്ത വീട്ടുകാരന് വന്നാൽ വേണ്ടില്ല ഞാൻ എത്ര നാരായണീയം പഠിച്ചു എത്ര ഭാഗവതം വായിച്ചു എത്ര നാമം ജപിച്ചു എനിക്കേ വരാവോ അതുകൊണ്ട് തന്നെയാ നമുക്ക് വന്നത് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ഡു നോട്ട് എക്സിസ്റ്റ് ദുഃഖം എന്നുള്ളത് സർജറിയാണ് അത് വരുമ്പോ നമുക്ക് മനസ്സിലാവും ഞാൻ ഞാൻ ഞാൻ ഞാൻ ഈ സഫറിങ് ഞാൻ എന്നുള്ളത് ഉം ആ ഞാൻ എന്നുള്ളതിനെ എരിക്കും ആ ദുഃഖം ഉള്ളില് വന്നിട്ട് ഇറ്റ് വിൽ ബേൺ ദ ഈഗോ അപ്പൊ നമ്മള് ഈ അഹങ്കാരത്തിനെ കള്ളം എന്നറിയും ഈ അഹങ്കാരം ഉണ്മയല്ല എന്നറിയുമ്പോ ദുഃഖാനുഭവവും സുഖാനുഭവവും ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ വന്നിട്ട് പോകുന്നു ഞാൻ ദുഃഖിക്കണില്ല ഞാൻ സുഖിക്കണില്ല ദുഃഖം വരുന്നു സുഖം വരുന്നു നല്ലത് വരുന്നു ചീത്ത വരുന്നു ഗുണം വരുന്നു ദോഷം വരുന്നു പക്ഷെ ഞാൻ ഇതിനൊക്കെ പുറകിലുള്ള സ്ക്രീനാണ് ഉള്ളിലുള്ള വാസനയുടെ ഫിലിം എടുത്താൽ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ള വെളിച്ചം ലൈറ്റ് നാമരൂപങ്ങളെ സിനിമ കാണിക്കില്ല വെറും വെളിച്ചമേ സ്ക്രീനിൽ കാണുള്ളൂ ഉള്ളിലുള്ള വാസനകൾ പോയാൽ വെറും വെളിച്ചം സ്ക്രീനിൽ അതുപോലെ ഉള്ളിലുള്ള ഈ വാസനയും അഹങ്കാരവും പോയാൽ ഒരേ അഹങ്കാരം അനേക വേഷം കിട്ടി ആടുന്നു അത് പോയാൽ വെറും വെളിച്ചം ബ്രഹ്മാനുഭവം മാത്രം ജീവിതം മുഴുവൻ ബ്രഹ്മാനുഭവം ഒരേ ഒരു അഖണ്ഡ ബോധാനുഭവം ആ ബോധത്തിൽ സുഖം വരും പോകും ദുഃഖം വരും പോകും പക്ഷേ സുഖം വരുമ്പോഴും അതിനു പുറകിൽ ഭഗവാൻ ഉണ്ട് ദുഃഖം വരുമ്പോഴും അതിനു പുറകിൽ ഭഗവാൻ ഉണ്ട് സർവത്ര സുഖാനുഭവത്തിലും ഉണ്ട് ദുഃഖാനുഭവത്തിലും ഉണ്ട് ഞാൻ ഊണ് കഴിക്കുമ്പോഴും ഉണ്ട് ഞാൻ ഉറങ്ങുമ്പോഴും ഉണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ ഭഗവാനിൽ ഉറങ്ങുന്നു ഞാനിപ്പോ പറഞ്ഞ ആത്മവിചാരം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു സാധന ചെയ്യാം വീട്ടിൽ പോയിട്ട് എഴുതി വെച്ചുകൂടാം ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ലൈൻ ഞാൻ ഇല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ ആദ്യത്തെ ലൈൻ രണ്ടാമത്തെ ലൈൻ എന്നിലൂടെ എല്ലാ അനുഭവവും കർത്താവും ഭോക്താവുമായിട്ടിരിക്കുന്നത് ഭഗവാനാണ് ഞാൻ ഊണ് കഴിക്കുമ്പോൾ ഭഗവാനാണ് ഊണ് കഴിക്കുന്നത് ഇത് പ്രാക്ടിക്കലായി വരാനാണ് നമ്മുടെ വൈദിക സമ്പ്രദായത്തില് അന്നം ച ബ്രഹ്മ ഭോക്താച എല്ലാം അപ്പോ എന്നിലൂടെ ഭഗവാൻ ഊണ് കഴിക്കുന്നു രാത്രി ഉറങ്ങാൻ പോകുമ്പോ ഞാനും ഉറങ്ങണില്ല എന്നിലൂടെ ഭഗവാൻ ഉറങ്ങുന്നു യാദേവി സർവഭൂതേഷു നിദ്രാ രൂപേണ സംസ്ഥിത എന്നിൽ അംബിക ജഗതീശ്വരി ഉറക്കത്തിന്റെ രൂപത്തിൽ വരാൻ പോകുന്നു അപ്പൊ ഉറക്കം എന്റെ അനുഭവമല്ല ഉറക്കം ദേവിയുടെ ദർശനമാണ് വിശപ്പ് വരുമ്പോഴോ യാവി സർവഭൂതേഷു ക്ഷുതാരൂപേണ സംസ്ഥിത എന്നിൽ വിശപ്പിന്റെ രൂപത്തിൽ ദേവിയോ ദേവനോ അവരവരുടെ ഇഷ്ടം പോലെ ആ ഭഗവാൻ എന്റെ ഉള്ളിൽ വിശപ്പായിട്ട് എനിക്കിപ്പോ ദർശനം തരുന്നു വിശപ്പിനെയൊക്കെ ഭഗവാനായിട്ട് കാണാൻ പറ്റുമോ എന്തുകൊണ്ട് കാണാൻ പറ്റില്ല ഒരു കല്ലിനെ വെച്ചിട്ട് വിഷ്ണു ആണ് ശിവനാണോ എന്ന് പറയണില്ലേ അതുപോലെ പതുക്കെ യു സ്റ്റാർട്ട് കോളിംഗ് ഓൾ എക്സ്പീരിയൻസസ് ആസ് ഡിവൈൻ എക്സ്പീരിയൻസ് ദർ ഈസ് ഓൺലി വൺ എക്സ്പീരിയൻസ് വിജ്ഞാനം ഏകം ഉരുദേവഭാതി ഒരേ അനുഭവം അനേക അനുഭവങ്ങളായി പിരിഞ്ഞു കാണപ്പെടുന്നു എന്നാണ് ഇപ്പൊ കേട്ടത് നമ്മൾ ഒരേ വിജ്ഞാനം അനേക അനുഭവങ്ങളായി കാണുന്നു അപ്പോ സുഖം വരുമ്പോ എന്നിലൂടെ നാരായണൻ സുഖം അനുഭവിക്കുന്നു ദുഃഖം വരുമ്പോ എന്നിലൂടെ നാരായണൻ ദുഃഖം അനുഭവിക്കുന്നു വിശപ്പ് വരുമ്പോ എന്നിൽ നാരായണൻ വിശപ്പ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഊണു കഴിക്കുമ്പോ എന്നിലൂടെ നാരായണൻ ഊണുകഴിക്കുന്നു എന്ത് അനുഭവമാണെങ്കിലും നല്ലതോ ചീത്തയോ എല്ലാ അനുഭവവും എന്നിലൂടെ ഭഗവാൻ അനുഭവിക്കുന്നു മധുസാരകം പുഞ്ചത്തെ രുദ്രഗീതത്തില് പറഞ്ഞു ഈ തത്വം അറിഞ്ഞ ആള് പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും തേൻ കുടിക്കുന്നു ഈ രഹസ്യം പിടികിട്ടിയ ആള് പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും തേൻ കുടിക്കും എന്ന് വെച്ചാൽ അഹങ്കാരം പോയാൽ ഇന്ദ്രിയങ്ങളിലൂടെ ഏർപ്പെടുന്ന അനുഭവങ്ങളൊക്കെ തന്നെ ചിപ്രകാശാനുഭവമായിട്ട് മാറും അപ്പൊ എന്താ കണ്ണിലൂടെ കാണുന്നത് പരമാത്മാവാണ് ചെവിയിലൂടെ കേൾക്കുന്നത് മൂക്കിലൂടെ വണക്കുന്നത് നാവിലൂടെ രുചിക്കുന്നത് തൊക്കിലൂടെ സ്പർശിക്കുന്നത് ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത് ഇതൊക്കെ നമുക്ക് ഭഗവാൻ ധന്യമായി അനുഗ്രഹിച്ചതിന്റെ ഫലമാണ് നമുക്കിത് കേൾക്കാനും പറയാനും സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് ഓർമ്മയിൽ പോലും വരില്ല അപ്പോ ഈ ഒരു വസ്തുസ്ഥിതി ഓർമ്മിച്ചുകൊണ്ട് അലാതചക്രം എന്നാണ് പറഞ്ഞത് അതായത് ഒരു പന്തം തീ പന്തം ഇങ്ങനെ ചുറ്റിയാൽ ഓരോ ഷേപ്പിൽ അത് വരും ഒരേ വെളിച്ചം പല വേഷം കിട്ടും അതുപോലെ ഒരേ ചൈതന്യം പലേ വേഷം കെട്ടി നമ്മളുടെ അനുഭവ മണ്ഡലത്തിൽ പലതായിട്ട് നിന്ന് കളിക്കുന്നു അത് ഒന്നാണെന്ന് അറിഞ്ഞാൽ കളി അവസാനിക്കും കളി അവസാനിക്കും രാമകൃഷ്ണ പരമവംസർ പറയും നിങ്ങളൊക്കെ കളിച്ചോളു ഞാൻ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങി പുറത്തുപോയി നിങ്ങൾ കുറച്ചുകാലം കൂടെ കളിച്ചോളൂ മാർക്ക് കൂടുതൽ വാങ്ങി പുറത്തു പോകൽ എന്താ ഉള്ളത് ഒന്നാണെന്ന് അറിഞ്ഞാൽ കളി അവസാനിച്ചു പോകും അപ്പോ ഒരേ പരമാത്മാ സർവത്രി എല്ലാ അനുഭവമണ്ഡലും ശശ്വത് എപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ ദുഃഖം അനുഭവിക്കുമ്പോഴും എപ്പോഴും ഉള്ളത് ഒന്നേ ഉള്ളൂ ഈ തത്വം ഇത് ഓർമ്മ വെച്ചാൽ മതി ഇപ്പൊ എന്തുണ്ടോ അതാണ് എപ്പോഴും ഉള്ളത് ദുഃഖം വരുമ്പോഴോ അതിനു പുറകിലും അപ്പോ ആത്മാവ് ഉണ്ടാകണം നമ്മൾ ദുഃഖത്തിനെ ശ്രദ്ധിക്കുന്നത് അതിനു പുറകിലുള്ള ആത്മാവിനെ ശ്രദ്ധിക്കണില്ല സുഖം വരുമ്പോഴോ അതിനു പുറകിലും അപ്പോ പൂർണ്ണവസ്തു ഉണ്ടാവണം ആ സുഖത്തിനെ നമ്മൾ ശ്രദ്ധിക്കണത് കൊണ്ട് അതിനു പുറകിലുള്ള പൂർണ്ണ വസ്തുവെ ശ്രദ്ധിക്കണില്ല സദാസമയം ആ പൂർണ്ണ വസ്തുവിനെ ശ്രദ്ധിച്ച് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണത്തിലെ ശ്രദ്ധയുണ്ടാവും അല്പത്തിൽ ശ്രദ്ധിക്കില്ല അല്പം വരികയും പോവുകയും ചെയ്യും പക്ഷെ നമ്മളുടെ ശ്രദ്ധ പൂർണ്ണത്തിൽ സംഗീതത്തിൽ ശ്രുതിയെ മാത്രം ശ്രദ്ധിച്ചാൽ പാട്ടേ കേൾക്കാൻ പറ്റില്ല അല്ലേ ശ്രുതി മാറാതെ നിൽക്കും കീർത്തനങ്ങൾ മാറി മാറി വരും രാഗം മാറി വരും താളം മാറി വരും പക്ഷെ ശ്രുതി മാറാതെ നിൽക്കുന്ന പോലെ നമ്മളുടെ എല്ലാ അനുഭവത്തിനും ശരീരത്തിൽ ഉണ്ടാവുന്ന ക്രിയക്കും മനസ്സിലുണ്ടാവുന്ന ജ്ഞാനത്തിനും കാരണശരീരത്തിലുണ്ടാവുന്ന അഹങ്കാര ലയാദികൾക്കും ഒക്കെ ഒരേ ഒരു സബ്സ്ട്രാറ്റം അധിഷ്ഠാനമാണ് ഉള്ളത് ചൈതന്യമാകുന്ന അധിഷ്ഠാനം നാരായണനാകുന്ന അധിഷ്ഠാനം അപ്പൊ നാരായണനെ ആണല്ലോ ചോദിച്ചത് ആ നാരായണനാവുന്ന അധിഷ്ഠാനത്തിൽ നരൻ കൂത്തു കളിക്കുന്നു നമ്മള് നാരായണനാവുന്ന അധിഷ്ഠാനത്തിൽ ഞാൻ പറയുന്ന വ്യക്തിബോധം പൊന്തി വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു കാണിച്ചു കൂട്ടുന്നു ചത്തുപോകുന്നു അവസാനം പാപം ശിവശിവ എവിടുന്ന് പൊന്തിയോ അവിടെ തന്നെ വീഴുന്നു എവിടുന്നു ഇളകിയോ അവിടെ തന്നെ ലയിക്കും ഒരേ ചൈതന്യമേ ഉള്ളൂ സന്നേ യതീന്ദ്രിയഗണേ അഹമിചപ്രസുപ്തേ കൂടസ്ഥ ആശയമൃദേ തൃതിർണ ഭക്തികൊണ്ട് ഇതറിയണം ഭക്തികൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ ഭക്തനു ഭഗവാൻ എന്തു ചെയ്യും ഈ ഞാനും ഉപദേശിച്ചു ഭക്തനോട് ഭഗവാൻ കരുണ ചെയ്യുമ്പോ കൃപ ചെയ്യുമ്പോ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഈ ജ്ഞാനം പ്രകാശിപ്പിച്ചു കൊടുക്കും ഭക്തന്റെ കഴിവുകൊണ്ടല്ല ബുദ്ധിശക്തി കൊണ്ടല്ല ബുദ്ധിബലം കൊണ്ടല്ല ഭഗവാൻ കൃപയാൽ ഈ ജ്ഞാനത്തിനെ ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഊട്ടിക്കൊടുക്കും ജ്ഞാനസംബന്ധർക്ക് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് കുട്ടിയായിരിക്കുമ്പോൾ ഭഗവാൻ പാല് കൊടുത്തു പാല് കൊടുത്തു ജ്ഞാനമാവുന്ന പാൽ ആ ജ്ഞാനമാവുന്ന പാല് കുടിച്ചപ്പോ മൂന്ന് വയസ്സ് കുട്ടിക്ക് ജ്ഞാനം വന്നു മൂന്ന് വയസ്സ് കുട്ടി പുസ്തകം പഠിച്ച് ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുമോ മൂന്ന് വയസ്സുള്ള ബാലന് പുസ്തകം പഠിച്ച് ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുമോ തവസ്തന്യം മന്യേം ധരണിധര കന്യേ ഹൃദയത പയ പരാഹതി സാരസ്വതൈവ ദം ദ്രവിഡ ശിശുരാസ്വാദ്യവീന പ്രൗഢാ അജനി കമനീയ കവയിത സൗന്ദര്യലഹരി തവ സ്തന്യം അംബികയുടെ സ്തന്യം പാല് കുടിച്ചു എന്നാണ് മൊലപ്പാല് കുടിച്ചിട്ട് ദ്രവിഡ ശിശു ജനിച്ച ശിശു കൊച്ചുകുട്ടി ആസ്വാദ്യവയത് കവീനാം ഭഗവാന്റെ കൃപയാൽ നമ്മളിത് വിശ്വസിച്ചാൽ മാത്രം മതി ഇപ്പൊ ഇത്രയൊക്കെ ഭാഗവതം കേൾക്കുമ്പോ പലർക്കും തോന്നി ഇതൊക്കെ നമുക്ക് സാധിക്കുമോ അങ്ങനെ വിചാരിക്കുന്നതിന് പകരം എങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ വിചാരത്തിനെ ഒന്ന് മാറ്റിയിട്ട് അങ്ങനെ വിചാരിക്കുന്നതിന് പകരം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എന്തു സാധിക്കില്ല മൂന്ന് വയസ്സുകുട്ടിക്ക് ആത്മജ്ഞാനം ഉണ്ടാവാമെങ്കിൽ ഭഗവാൻ കൃപ ചെയ്യുകയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പ്രകാശിക്കാം ഇപ്പൊ പ്രകാശിക്കും വിശ്വസിക്കാൻ ആ വിശ്വാസം പ്രബലമായി തീർന്നാൽ ആ ക്ഷണത്തിൽ നമ്മളുടെ ഉള്ളിൽ ഭഗവത്വം പ്രകാശിക്കും അല്ലാതെ നമ്മൾ പുസ്തകം പഠിച്ചിട്ടോ ബുദ്ധിശക്തി കൊണ്ടോ അല്ല എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഭഗവത്ഗീത കയ്യിൽ കിട്ടിയത് സംസ്കൃതമറിയില്ല ഭഗവത്ഗീത ആരെങ്കിലും പഠിപ്പിക്കും എന്ന് കേട്ടിട്ടില്ല ഒരു പ്രഭാഷണം കേട്ടിട്ടില്ല കിട്ടി പുസ്തകം അച്ഛന്റെ പുസ്തകം കിട്ടി അത് വെച്ചുകൊണ്ട് ഒരു രണ്ടു വർഷക്കാലം സാഖ്യയോഗം മാത്രം എന്തിനാ വായിക്കണമെന്ന് പോലും അറിയില്ല എന്തിനു വായിക്കണമെന്ന് അറിയാം ഇത് പ്രഭാഷണമെന്ന് കേട്ടിട്ടേ ഇല്ല ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രഭാഷണം ചെയ്യും എന്നുള്ളത് പോലും അറിയില്ല വായിച്ചിട്ട് അർത്ഥം മനസ്സിലായോ അപ്പോ എന്ന് ചോദിച്ചാൽ ആനന്ദം എന്തോ ഒരു സുഖം ഒരു സന്തോഷം ആനന്ദം ഓരോ ശ്ലോകത്തിനും ഒരർത്ഥമേ ഉള്ളൂ ആനന്ദം എന്നുള്ള അർത്ഥം ഇപ്പൊ ആലോചിച്ചു നോക്കുമ്പോ ഭഗവാൻ നമ്മളെ അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ഈ വിദ്യയെ പകർന്നു തന്നു എന്ന് വേണം പറയാൻ നമ്മൾ അറിഞ്ഞ് സ്ട്രഗിൾ ചെയ്ത് ആരുടെ അടുത്തെങ്കിലും പോയി പഠിച്ചിരുന്നുവെങ്കിൽ ഈ ജന്മത്തിലൊന്നും ഒന്നും തെളിയില്ല ഭഗവാൻ കൃപ ചെയ്ത് നമുക്ക് ഒരു വിദ്യ തരുമ്പോ പാല് തരുന്ന പാല് കുടിപ്പിക്കൽ പാല് അമ്മ കുട്ടിക്ക് വിശക്കുമ്പോൾ കൊടുക്കണമാതിരി ഭഗവാൻ നമ്മളെ കുടിപ്പിക്കുമ്പോ നമുക്കറിയേയില്ല എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ഇപ്പൊ എനിക്ക് പുസ്തകം പലരും നമ്മളെ ഒന്നും നന്നാക്കാൻ വേണ്ടി ഓരോ പുസ്തകങ്ങൾ ചിലപ്പോ ഉപനിഷത്ത് ചിലപ്പോ ഗീത ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഓരോ വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും ചിലതൊക്കെ വായിക്കാൻ പറ്റും ചിലതൊന്നും നമുക്ക് വായിക്കാൻ ഇപ്പൊന്നും വയ്യ പക്ഷെ അന്ന് വായിച്ചത് പഠിച്ചതൊന്നും ഇപ്പൊ ഓർമ്മയിൽ അതപ്പോ വേണ്ടതൊക്കെ ഭഗവാൻ കൃപ കൊണ്ട് എന്തൊക്കെ ഉള്ളിൽ കയറ്റിയോ അതൊക്കെ നിൽക്കുന്നുണ്ട് സെൽഫ് എഫേർട്ട് കൊണ്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കയറ്റണം എന്ന് വിചാരിച്ചാൽ സാധിക്കണമില്ല അത് കയറുമില്ല ഇറ്റ് ഈസ് ബ്ലോക്ക്ഡ് അപ്പോ കൃപാമാർഗമാണ് പരിശ്രമമാർഗമല്ല കൃപാമാർഗമാണ് തായ്മാനവസ്വാമികൾ ഒരു പാട്ടുപാടി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാള് ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു എനിക്ക് ശാസ്ത്രം പഠിച്ചിട്ടും വസ്തു ഒന്നും പിടികിട്ടണില്ലല്ലോ അപ്പൊ ഗുരു പറഞ്ഞു നീ നിന്റെ ബുദ്ധി കൊണ്ട് നോക്കുകയാണ് കൃപ കൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞ മാത്രം അരുൾ കൊണ്ട് നോക്കൂ അരുൾ എന്ന് വെച്ചാൽ കൃപ അരുളാലേ യവയും അറിയാതെ എനിക്ക് കൃപയൊന്നും മനസ്സിലായില്ലേ എന്റെ ബുദ്ധി വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും നോക്കി ഇരുളാന പൊരുൾ ഐ സോ ഓൺലി ഡാർക്ക് നോട്ട് ലൈറ്റ് എനിക്ക് സത്യം ഒന്നും കാണാൻ പറ്റിയില്ല ഇരുട്ടു മാത്രം കൊണ്ടുപോകുന്നതാണ് എത്ര ശ്രമിച്ചിട്ടും വസ്തു ഒന്നും കിട്ടുന്നില്ല പിന്നെ എന്തായി ഗുരു തന്നെ അനുഗ്രഹം ചെയ്തു ആ അനുഗ്രഹം എന്നെ സ്പർശിച്ചപ്പോ പാത്ത ഇടം എങ്കും ഒരു നീക്കം അര നിറയുക പരിപൂർണ നോക്കുന്ന സ്ഥലത്തൊക്കെ ആനന്ദപ്രവാഹം ഒരേ ഒരു വാ വാക്ക് ഗുരുവിന്റെ ഉപദേശം ഹൃദയത്തിലുള്ള അജ്ഞാനത്തിനെ നീക്കിയപ്പോ അഹങ്കാരത്തിനെ നീക്കിയപ്പോ സ്വതന്ത്രനായിരുന്നാണ് മഹാത്മാക്കൾ പലരും കണ്ടവരും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഗുരു കൃപ ചെയ്തു ഉള്ളിൽ പ്രവേശിച്ച് അത് സ്വയമേവ് ഉള്ളിൽ എൻക്രോച്ച്മെന്റ് നടത്തി ആക്രമ്യഹൃതി അവസ്ഥിതം അത് സ്വയം ഉള്ളിൽ കടന്ന് നമ്മളുടെ അവിധിയെ വിഴുങ്ങാണ് നമുക്ക് വേണ്ട ഇരി ഇരിക്കാൻ സ്ഥലം കൊടുത്താൽ വീട് പിടിച്ചെടുക്കുക എന്നൊരു സമ്പ്രദായം അല്ലേ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ ഒട്ടകത്തിന് മൂക്കിന് മാത്രം സ്ഥലം കൊടുക്കട്ടെ എന്ന് ഒരു അറബി ഒട്ടകത്തിനെയും കൊണ്ടുപോയി തണുപ്പിൽ ഇട്ട് എന്തിട്ടു ഒരു ഭൂമിയിൽ കൊടും തണുപ്പ് ഒട്ടകൻ ചോദിച്ചു ഇപ്പൊ ഒരുപാട് തണുപ്പ് പുറത്ത് ഞാൻ മൂക്ക് മാത്രം അകത്തിട്ടോട്ടെ ചോദിച്ചു ഓ കുറച്ചു കഴിഞ്ഞു ചെവി മാത്രം അകത്തിട്ടോട്ടെ എന്ന് ചോദിച്ചു ഓ തലയകത്തിട്ടേ പറഞ്ഞു ഓ പതുക്കെ പതുക്കെ ഓരോന്നായി അകത്ത് കിടത്തി അവസാന അറബി പുറത്ത് ഒട്ടകം അകത്ത ഇടത്തെ കൊടുത്താ മഠത്തെ പിടിപ്പത് എന്ന് തമിഴിൽ ഒരു വാക്കുണ്ട് സ്ഥലം കൊടുത്താൽ മഠം പിടിച്ചു എന്നാണ് ഭഗവാനും അങ്ങനെയാണ് ഭഗവാന് നമ്മള് അല്പം സ്ഥലം നമ്മളുടെ ഹൃദയത്തിൽ കൊടുത്താൽ ഭഗവാൻ നമ്മളെ നമ്മളുടെ സ്ഥലത്തുനിന്ന് പുറത്താക്കും എന്നുവെച്ചാലോ അഹങ്കാരം വിൽ ബി എക്സ്റ്റെർമിനേറ്റഡ് ഈഗോ വിൽ ബി എക്സ്റ്റെർമിനേറ്റഡ് അകത്ത് ഈശ്വരൻ പ്രവേശിച്ച ജീവനെ വിഴുങ്ങിക്കളയുന്നു എല്ലാവർക്കും ഉള്ള ഒരേ അനുഭവം കോപ്പി അടിച്ച പോലെ എല്ലാവരും എഴുതിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് കുട്ടികൾ ഒരേ എക്സാമിനേഷൻ പേപ്പർ നോക്കി അങ്ങോട്ടിങ്ങോട്ട് എഴുതുന്ന പോലെ എവിടെ പോയാലും ഇതേ പറയാമുള്ളൂ ഒരേ പാട്ട് ഭഗവാനായി പ്രവേശിക്കുന്നു എന്നാണ് നമ്മളായിട്ട് നമ്മളുടെ പ്രവർത്തനം കർത്തൃത്വം ഭോക്തൃത്വമല്ല ഈശ്വരന്റെ കൃപ ഉള്ളിൽ പ്രവേശിച്ച് തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം നമ്മളെ ശുദ്ധമാക്കും നമ്മൾ ശുദ്ധമായാൽ ഭക്തി വരും എന്ന് പറയുന്നത് അല്ല ഭഗവാൻ വന്ന് ശുദ്ധമാക്കി പ്രകാശിക്കും അപ്പൊ നമ്മൾ ഭഗവാനോട് ചെയ്യേണ്ടത് എന്താ ഭഗവാനെ എനിക്ക് സത്യം ഒന്നും പിടികിട്ടണില്ല എനിക്ക് അവിടുത്തെ വേണം ഞാൻ വിചാരിച്ചെന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും വയ്യ സാധന ചെയ്യാൻ വയ്യ പ്രയത്നിക്കാൻ വയ്യ ഭാഗവതം ഏതോ പ്രഭാഷണം കുറച്ച് ശബ്ദം മാത്രം കേട്ടു ഒന്നും പിടികിട്ടിയില്ല അങ്ങ് അകത്ത് പ്രവേശിക്കണം എനിക്ക് ബോധം തെളിച്ചു തരണം എനിക്ക് സത്യം തെളിച്ച് തരണം എനിക്ക് അവിടുത്തെ പ്രാപ്തി ഉണ്ടാവണം നീ സാധന ചെയ്യൂ ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അത് കൂലിയായിട്ട് തീരും അങ്ങ് തന്നെ എന്നിലൂടെ സാധന ചെയ്യണം നാമം ജപിക്കൂ അനുഭവം ഉണ്ടാകും എന്ന് വെച്ചാൽ അങ്ങ് എന്നിലൂടെ നാമം ജപിക്കണം അപ്പുറസ്വാമികൾ പാടി ഭഗവാൻ ഉരുകാൻ വയ്ക്കുകയാണെങ്കിൽ ആരും ഉരുകില്ല ഭഗവാൻ ജപിക്കാൻ വെക്കുകയാണെങ്കിൽ ആര് ജപിക്കില്ല ഇങ്ങനെ ഒരു ഭക്തനും പാടിയിട്ടില്ല അദ്ദേഹം പാടി ഒരു തേവാറത്തിൽ അപ്പർ സ്വാമികൾ ത്രിണാവക്കരശ്വര സ്വാമികൾ പാടി പ്രഭു നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ ഭക്തി കൊണ്ട് ഉരുകാൻ വെക്കുകയാണെങ്കിൽ ഞാൻ ഉരുകില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പ്രഭു നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ നാമം ജപിക്കാൻ വെക്കുകയാണെങ്കിൽ ഞാൻ ജപിക്കില്ല എന്ന് പറയാൻ ഒരാൾക്ക് പറ്റില്ല പ്രഭു നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ പാടാൻ വെക്കുകയാണെങ്കിൽ ഞാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല പ്രഭു നമ്മളുടെ ഉള്ളിൽ പ്രവേശിച്ച് സർവസംഗ പരിത്യാഗം ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഞാൻ ത്യാഗം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എന്താ പ്രഭുവിന്റെ ഭഗവാന്റെ കൃപയെ ആശ്രയിച്ച് പണി ചെയ്ത് കിടപ്പതേ അപ്പർ സ്വാമികൾ അവസാനം പറഞ്ഞു അപ്പൊ പ്രഭു നമ്മളെ ഇപ്പൊ എന്ത് ചെയ്യാൻ വയ്ക്കുന്നു അത് ചെയ്തുകൊണ്ട് പ്രഭുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ യന്ത്രം അങ്ങ് യന്ത്രീ അങ്ങ് ചെയ്യിപ്പിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നു അങ്ങയുടെ അടിമ അങ്ങയുടെ ദാസൻ ഈ ബോധം എനിക്കെപ്പോഴും ഉണ്ടാവണം ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ജീവനാണെന്നുള്ള അജ്ഞാനം പൊന്തി വരാതെ ഐ ഹാവ് നോ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് സമുദ്രത്തിനെ വിട്ട് അലക്കി നിൽക്കാൻ പറ്റുമോ മരത്തിനെ വിട്ട് ഇലയ്ക്ക് നിൽക്കാൻ പറ്റുമോ അമ്മയെ വിട്ട് കുഞ്ഞിന് നിൽക്കാൻ പറ്റുമോ ആകാശത്തിനെ വിട്ട് വായു എവിടെ നിൽക്കും വായുവിലല്ലാതെ അഗ്നി എവിടെ നിൽക്കും അഗ്നിയിലല്ലാതെ ജലം എവിടെ നിൽക്കും ജലത്തിലല്ലാതെ ഭൂമി എവിടെ നിൽക്കും സർവ പഞ്ചഭൂതങ്ങളും സർവചലനങ്ങളും ഏതൊരു മഹാശക്തിയെ ആശ്രയിച്ചുകൊണ്ട് ചലിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ ആ മഹാശക്തിക്ക് ശരണാഗതി ചെയ്ത് ഞാൻ എന്ന് പ്രത്യേകമില്ലാതെ കൊടുങ്കാറ്റിൽപ്പെട്ട ഉണങ്ങിയ എല പോലെ ആയിത്തീർന്നാൽ സ്വതന്ത്രരായി ആ കാറ്റ് എവിടെ കൊണ്ടുപോണോ അങ്ങട് ഒരു പരമഭക്തൻ ഒരിടത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കും രാജാവിന്റെ ഖജാനാവിൽ നിന്ന് കുറെ കള്ളന്മാര് പണം കട്ടു അവരെ രാജാവിന്റെ ഭടന്മാർ ഓടിക്കുന്നു ഇയാൾ ഓടി രാമകൃഷ്ണ പരമഹംസർ പറയുന്ന കഥയാണ് ഇയാൾ ഓടി ഈ ഭക്തന്റെ അടുത്ത് ബാണ്ഡം വെച്ച് ഇയാളുടെ തലയിൽ പഴിചാരിയിട്ട് ഓടി ഈ കള്ളന്മാര് അപ്പൊ ഈ ഭടന്മാരീ ഭക്തനെ കള്ളൻ എന്ന് കരുതി പിടിച്ചു അടിച്ചു ജയിലിൽ അപ്പോഴേക്ക് ആളുകളൊക്കെ ഈ ഭക്തന്റെ മഹത്വം അറിയുന്ന ജനങ്ങളൊക്കെ കോർട്ടിൽ കൂടി എന്നാണ് തിരക്കുകൂടി അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സംഭവിച്ചത് എന്താണെന്ന് കണ്ട ഒരാൾ സാക്ഷിമൊഴിയാനും അവിടെ എത്തി ഈ ഭക്തനോട് ജഡ്ജ് ചോദിച്ചു എന്താ സംഭവിച്ചത് ഈ ഭക്തൻ പറഞ്ഞു രാമന്റെ ഇച്ഛയാലെ ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റു രാമന്റെ ഇച്ഛയാലെ ഞാൻ സ്നാനം ചെയ്യാൻ പുഴയിലേക്ക് പോയി രാമന്റെ ഇച്ഛയാലെ ഞാൻ കുളിച്ച് വന്ന് ജപമാലയെടുത്ത് വൃക്ഷച്ചവട്ടിലിരുന്ന് രാമന്റെ ഇച്ഛയാലെ ജപം ചെയ്തു രാമന്റെ ഇച്ഛയാലെ ഒരാൾ ഒരു ഭാണ്ഡം എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഓടിപ്പോയി രാമന്റെ ഇച്ഛയാലെ എന്നെ നാലുപേർ വന്ന് പിടിച്ചു രാമന്റെ ഇച്ഛയാലെ അടിച്ചു രാമന്റെ ഇച്ഛയാലെ എന്നെ ജയിലിലിട്ടു ഇപ്പൊ രാമന്റെ ഇച്ഛയാലെ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു രാമന്റെ ഇച്ഛയാൽ അങ്ങ് ചോദിച്ചു രാമന്റെ ഇച്ഛയാൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹം സത്യം അപ്പോഴേക്കും ഈ കള്ളന്മാരെ അവര് സ്വയമേവ പിടികൊടുത്തു അവരെയും വലിച്ചു കൊണ്ടുവന്നു അപ്പൊ ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞു വിട്ടു അപ്പോ ജഡ്ജ് ചോദിച്ചു ഇപ്പൊ അങ്ങ് എന്തും പറയുന്നു രാമന്റെ ഇച്ഛയാൽ അവർ ശരണാഗതി ചെയ്തു രാമന്റെ ഇച്ഛയാൽ അങ്ങ് തന്നെ ഇതാ വിട്ടു എന്നുവെച്ചാലോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓരോ ക്ഷണത്തിലും ഭഗവാന്റെ ഇച്ഛ പ്രവർത്തിക്കുന്നു നമ്മളുടെ സ്വേച്ഛയല്ല നമ്മുടെ മഹർഷി അരുണാചലത്തിലേക്ക് വന്നു പതിനേഴാമത്തെ വയസ്സിൽ മധുരയിൽ നിന്നു നേരെ വന്ന് ശ്രീകോവിലിൽ ആ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഭഗവാനെ അവിടുത്തെ ഇച്ഛയാൽ ഇവിടെ വന്നു ഇനി ഉൻ ഇഷ്ടം എൻ ഇഷ്ടം ഇനി അവിടുത്തെ ഇച്ഛയാണ് എന്റെ ഇച്ഛ എന്റെ ഇച്ഛ സെപ്പറേറ്റ് വിൽ ഇല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇച്ഛയില്ല ഇനി ഭഗവത് മാത്രമേ ഉള്ളൂ ഞാനേ ഇല്ല അതാണ് സ്വാതന്ത്ര്യത്തിന്റെ സീക്രട്ട് എന്ന് ഈശ്വരൻ മാത്രമേ ഉള്ളൂ പ്രത്യേകം ഒരു ഞാൻ ഇല്ല എന്ന് വരുമ്പോ ഈ ചെറുത് ചെറുതിനെ വലുത് വിഴുങ്ങി ഭഗവത് കൃപ ചെറുതെന്താ ഞാൻ എന്നുള്ള അഹങ്കാരം അഹങ്കാരത്തിനെ വലുത് വിഴുങ്ങി അപ്പോ ഭഗവത് കൃപയ്ക്ക് കൃപയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് കൃപ പ്രവർത്തിക്കണം കൃപ എപ്പോഴും നമ്മൾക്ക് സെൽഫ് എഫേർട്ടിൽ വിശ്വാസമാണെങ്കിൽ ആ പരിശ്രമം ചെയ്യണം നമുക്ക് ഭഗവാന്റെ കൃപയിൽ വിശ്വാസമാണെങ്കിൽ ആ ക്ഷണത്തിൽ സത്യം ഉള്ളില് പ്രകാശിക്കും അപ്പൊ അതാണിവിടെ അതിന് പ്രിപ്പറേഷൻ എന്തു പറഞ്ഞു ഭക്ഹ്യബ്ജനാപചരണേഷണയോരു ഭക്തേതോമലി വിധമേത് ഗുണകർമ്മജി തസ്മ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത്യഥാ അമലദൃശ സവിതൃപ്രകാശ ഉള്ളിലുള്ള കൽമഷമൊക്കെ നീങ്ങുമ്പോ എപ്പ നീങ്ങും പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമം അറിയാൻ പറ്റ പ്രാപിക്കാൻ പറ്റില്ലയോ എന്നൊരു അവസ്ഥ ശരണാഗതി ചെയ്യും ശരണാഗതി ചെയ്യുമ്പോ സകല അശുദ്ധികളും ആ ക്ഷണത്തിൽ ഇല്ലാതാവും എല്ലാ അശുദ്ധിയും അഹങ്കാരമാണേ അഹങ്കാരമല്ലാതെ ഒരു അശുദ്ധി ഇല്ല അഹങ്കാരവശാദ് ആപദ് ദുരാദയ അഹങ്കാരവശാത് ഈഹ ന അഹങ്കാരാത് പരോരിപുഹു വാസിഷ്ഠത്തിൽ ശ്രീരാമൻ വസിഷ്ഠനോട് പറഞ്ഞു ഒരേ ഒരു സുഖക്കടേ ഉള്ളൂ ഒരേ മരുന്നേ ഉള്ളൂ ഒരേ വ്യാധി എന്താ അഹങ്കാരം എന്നുള്ള വ്യാധി അതിന് ഒരേ മരുന്ന് ജ്ഞാനമാകുന്ന മരുന്ന് വേറെ മരുന്നൊന്നും കഴിച്ചാൽ പോവില്ല എന്നാണ് ഈ വ്യാധി ജ്ഞാനമാകുന്ന മരുന്ന് ഉള്ളിൽ പോയാൽ അഹങ്കാരമാവുന്ന വ്യാധി ശമിച്ചു കിട്ടും അഹങ്കാരമാവുന്ന വ്യാധി അസ്തമിച്ചു കിട്ടും വേറെ മരുന്ന് എന്ത് കഴിച്ചാലും ഈ വ്യാധി ശമിക്കില്ല അപ്പൊ അഹങ്കാരവ്യാധിക്ക് മരുന്ന് ഭഗവത് ഭക്തി ജ്ഞാനം ഭഗവാന്റെ സ്വരൂപാനുഭവം അങ്ങനെ ഭഗവത് സ്വരൂപാനുഭവം ഉണ്ടാകുമ്പോ ഉപലഭ്യത ആത്മതത്വം വ്യാധി എന്ന് പറയുമ്പോ തമിഴ് പാട്ടുകൾ ഈയിടെ കുറെ ഓർമ്മ വരുന്നു നന്ദനാർ ചരിത്രത്തില് നന്ദനാർ എന്ന് പറയുന്ന ഭക്തൻ കുറെയായി ചിദംബരത്തിലേക്ക് പോവാൻ തന്റെ യജമാനനോട് അനുമതി ചോദിക്കുകയാണ് യജമാനൻ കൊടുക്കില്ല ഇയാള് ചിലപ്പോ ഭക്തിയിൽ മൂർച്ഛിച്ചു വീഴും കരയും ചിരിക്കും ഇയാളുടെ ഭക്തി കണ്ട് യജമാനൻ ഒരു ദിവസം ചോദിച്ചു തനിക്കെന്താ ഭ്രാന്താണോന്ന് പിത്ത് പിത്തെന്ന് വെച്ചാ ഭ്രാന്ത് നമ്മൾ അന്ന് കഥ പറഞ്ഞുവല്ലോ പിത്തൻ എന്ന് ഭഗവാനെ വിളിച്ചില്ലേ ഭ്രാന്താണോ പോയി മരുന്ന് വലതു വാങ്ങിച്ചു കഴിക്കൂ അപ്പൊ നന്ദനാർ പാടിയ ഒരു പ്രസിദ്ധമായ പഴയ പാട്ടാണ് യജമാനനോട് തന്റെ യജമാനനോട് പറയാണ് എന്റെ ഭ്രാന്ത് മാറാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ അതായത് അവിടെ പോയി ആ പ്രഭുവിനെ കാണണം വേറെ ഒരു മരുന്നും കഴിച്ചാൽ ഉള്ളിൽ ഫലിക്കില്ല എന്നാണ് പിത്തം തെളിയ മരുതൊണ്ടിരിക്കത് പേരിമ്പേ മറ്റ മരുുകൾ തിന്റാലുമുള്ള വല്ലേ വല്ലേ അയ്യേ അടിമൈ പിത്തം തെളിയ മരുന്തൊൻക്ക് ഇത് പേരിൻപമുള്ളേ ആനന്ദസ്വരൂപമായി ഒരു മരുന്നുണ്ട് എന്നാണ് എന്റെ ഭ്രാന്ത് മാറാനായിട്ടുള്ള മരുന്നുണ്ട് അതെവിടെ ഉണ്ട് ഹൃദയത്തിലുണ്ട് പേരിൻപം പേരാനന്ദ സ്വരൂപമായിട്ട് ഹൃദയത്തിൽ ആ മരുന്നിരിക്കുന്നു മറ്റ മരുന്നുകൾ തിണ്ടാലും വേറെ കടയിൽ വാങ്ങി ഈ ആയുർവേദമോ ഹോമിയോപ്പതി നാച്ചുറോപ്പതി അലോപ്പതി ഒന്നും പറ്റില്ല ഇപ്പൊ ജഗത്പതി മാത്രമേ വഴിയുള്ളൂ വേറെ ഒരു പതിയും ഉള്ളിൽ എഫക്ട് ആവണില്ല മറ്റ മരുന്തുകൾ തിണ്ടാലും ഉള്ളിക്ക് വല്ലേ വല്ലേ ിത്തം തെളിയ അടിമയാണ് അദ്ദേഹം അപ്പൊ യജമാനോട് പറയാണ് ഞാനൊരു അടിമ എന്റെ ഈ വ്യാധി മാറണമെങ്കിൽ ഭഗവത് സ്വരൂപ ദർശനം ഉണ്ടാവണം വേഗം അനുമതി തരൂ ഞാൻ പോയി കാണട്ടെ എന്താ വേഗം ഒരാൾ ഇപ്പൊ തന്നെ അതിൽ പകുതി എടുത്തു തിന്നുകഴിഞ്ഞു ഇനി പകുതിയെ ഉള്ളൂ ഞാൻ വേഗം പോകണം ആരാ പകുതി എന്ന് വെച്ചാൽ പാർവതി പകുതി തിന്നു അത്ര േടി പാത്തു പൈരിട്ടത് പവതി അതിൽ പാതിയെ തന്നും പാതിരുക്കത് പറയാ പോയ പാര ഉത്തരം താറും താറും പിത്തം തെളിയ ഹേ പറയാ പാർവതി എന്ന ഒരു ധു അതിൽ പകുതി തിന്നുകഴിഞ്ഞു ഇനി പകുതിയെ ഉള്ളൂ അതുകൊണ്ട് വേഗം പോയിട്ട് അതിൽ നിന്ന് വേണ്ടതെടുത്ത് കഴിക്കൂ എന്ന് എനിക്ക് അനുമതി തരുമെന്നാണ് പാര ഉത്തരം താറും താറും പിത്തം തെളിയ മരുന്ന് ഒന്ന് ഇരുക്ക് ഇത് ഭ്രാന്ത് മാറാനുള്ള മരുന്ന് ജ്ഞാനമാകുന്ന മരുന്ന് ഭഗവത് അനുഭവം ആകുന്ന മരുന്ന് അതെല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു അതിനെ നമ്മളുടെ ഹൃദയത്തിൽ കണ്ടെത്തണം ഭഗവത് കൃപയാൽ ആ സത്യം ഉള്ളിൽ തെളിഞ്ഞാൽ സ്വതന്ത്രരായിട്ട് തീരും എന്ന് പിപ്പലായനൻ എന്ന യോഗീശ്വരൻ പറഞ്ഞു പിപ്പലം അയനം യസ് സ പിപ്പലായ പിപ്പലം എന്ന് വെച്ചാൽ ആലവൃക്ഷം ആലവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആളാണ് അയാൾ മറ്റു ഒരർത്ഥം മറ്റൊരർത്ഥം ഊർധ്വമൂലം അധശാഗം അശ്വത്ഥം പ്രാഹുരവ്യം അശ്വത്ഥവൃക്ഷം സംസാരവൃക്ഷം ആ വൃക്ഷം അയനം അതിലൂടെ ചെന്ന് സത്യത്തിനെ കണ്ടാള് ഏതായാലും രാജാവ് പിപ്പലായനൻ യോഗിയെ നമസ്കരിച്ച് അടുത്ത യോഗിയുടെ അടുത്തേക്ക് വന്നു ആവിർഹോത്രൻ എന്ന് പേര് അദ്ദേഹത്തിന് ആവിയെ ഹോമിച്ചവൻ ആവിർഹോത്രൻ ആവി എന്ന് വെച്ചാൽ ജീവൻ പ്രപഞ്ചം എന്നൊക്കെ അർത്ഥം ആ ജീവനും പ്രപഞ്ചവും രൂപമായിട്ടുള്ള ആ അല്പത്തിനെ പരമാത്മാവിൽ ഹോമിച്ചു അഹമസ്മി യോഹമസ്മി അഹമസ്മി അഹമേവാഹമസ്മി മാം ജുഹോമി സകല പേരുടെയും ശിരസ് അവന്റെ ശിരസാണ് അതാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷയിരം തലയ്ക്ക് ആയിരം കണ്ണു മതിയോ അപ്പൊ ഭഗവാന് ഓരോ തലയിൽ ഓരോ കണ്ണേ ഉള്ളൂ എന്നുവെച്ചാൽ കാണുന്ന കണ്ണുകളൊക്കെ അവന്റെ കണ്ണാണ് സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതശ്രുതിമല്ലോകെ ൃത്യ തിഷത്തിയഗുണാഭാസം സർന്ദ്രിയവർജിതൃവ നിർഗുണം ഗുണഭോക്തൃച്ച ബഹിരന്തശ ഭൂതം ചരമേവ സൂക്ഷ്മത്തവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ചത് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ ശിരസ് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ കണ്ണുകള് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ ചെവി എല്ലാ സ്ഥലങ്ങളിലും അവന്റെ മൂക്ക് എന്നാൽ അവനക്ക് ത അവന് തലയില്ല അവന് കണ്ണില്ല അവന് ചെവിയില്ല അവന് ഇന്ദ്രിയങ്ങളില്ല അവന് മനസ്സില്ല എന്താ അങ്ങടും പറയുന്നു ഇങ്ങനെയും പറയുന്നു എന്തു മനസ്സിലാക്കും നമ്മൾ എങ്ങനെ അറിയും അതാണ് പരോക്ഷവാദം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം പല കാര്യങ്ങളും വേദം നമ്മളെ ഇങ്ങനെ ബോധിപ്പിക്കും നമുക്ക് പിടികിട്ടില്ല വേദം ഇൻഡയറക്റ്റ് ആയിട്ട് പറയും ഒരു മരത്തിൽ രണ്ടു പക്ഷികൾ കഥ പറഞ്ഞുവല്ലോ അന്ന് ഇത് വെറും രണ്ടു പക്ഷികളാണെന്ന് ധരിച്ചാൽ എങ്ങനെയാവും അർത്ഥം ഒരു മരത്തിൽ രണ്ട് പക്ഷികൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം ഒന്ന് ജീവാത്മ ഒന്ന് പരമാത്മ എന്ന് മനസ്സിലാക്കിയാൽ പ്രയോജനമുണ്ട് അല്ലെങ്കിലോ അർത്ഥമൊന്നും നമുക്ക് ഒന്നും തെളിയില്ല ഒന്നും പിടികിട്ടില്ല ഒരു മരത്തിലിരിക്കുന്ന രണ്ട് പക്ഷികളാണെന്ന് വിചാരിക്കും അപ്പോ രാമായണത്തിൽ നോക്കിയാൽ ദശരഥന് അറുപതിനായിരം വർഷം രാജ്യം വഴിച്ചു എന്ന് പറയും എന്നിട്ട് രാമന്റെ കഥ പറയുമ്പോൾ മാത്രം പതിനാല് വർഷം കാട്ടിൽ പോക്കൊക്കെ കറക്റ്റ് എന്താ ഇത് സമ്പ്രദായമാണ് ഒന്നും ഡയറക്ട് ആയിട്ട് പറയാതെ വാക്കുകൾ പല ഋഷികൾ വളരെ ജാഗ്രതയോടുകൂടെ നമ്മളുടെ ബുദ്ധിയെ ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ വളർത്താൻ അവർ ജാഗ്രതയെടുത്തു ഇന്നത്തെ നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം മുഴുവൻ എന്താണ് എല്ലാം ഫിക്സഡ് നോളജാണ് ഇത് ഇന്നതാണ് ഇത് ഇന്നതാണെന്ന് അറിയാം ഋഷികൾ അങ്ങനെ നമ്മളെ മനസ്സിലാക്കാൻ സമ്മതിക്കുകയില്ല ഒന്നും നമ്മളൊരു പെർഫെക്റ്റ് സയൻസായിട്ട് അവർ പഠിപ്പിക്കില്ല അതൊരു സമ്പ്രദായമായിരുന്നു എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിയുടെ ട്രാപ്പിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിടത്ത് പഞ്ചഭൂതങ്ങൾ പറയും മറ്റൊരിടത്ത് മൂന്ന് ഭൂതങ്ങൾ എന്ന് പറയും പഞ്ചഭൂതങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് മൂന്ന് ഭൂതങ്ങളേ ഉള്ളൂ എന്ന് ഉപനിഷത്ത് പറഞ്ഞു ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ എഴുതി എന്താ ഈ വേദം ഓരോടത്തും ഓരോന്ന് പറയണത് സൃഷ്ടിയെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞു പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് എവിടെയോ സൃഷ്ടിക്കപ്പെട്ടു എന്താ ഇങ്ങനെയൊക്കെ പറയണത് ആചാര്യസ്വാമികൾ അവിടെ ഭാഷയത്തിൽ പറയുന്നു വേദമാതാവിന് നിങ്ങൾക്ക് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് യാതൊരു ഇൻട്രസ്റ്റുമില്ല അവിവക്ഷിത ഇഹ സൃഷ്ടിക്രമ വേദമാതാവിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ നിങ്ങളെ എങ്ങനെയെങ്കിലും സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകണം സഹസ്ര മാതൃഭ്യ കരുണാപരാശ്രുതിജനീ ആയിരക്കണക്കിന് അമ്മമാരെക്കാളും കാരുണ്യത്തിൽ അധികമുള്ള ശ്രുതിമാതാവ് ഒരു അമ്മ എന്ത് ചെയ്യുന്നു ഒരു കുട്ടിക്ക് ഊണ് കഴിക്കണം കുട്ടി പറഞ്ഞു അമ്മ കഥ പറഞ്ഞു തന്നാലേ ഊണ് കഴിക്കുള്ളൂ അപ്പോ അമ്മ ഒരു കഥ തുടങ്ങി എന്താ കഥ ഒരു വന്ധ്യയ്ക്ക് മൂന്ന് കുട്ടികളുണ്ടായി ആദ്യത്തെ പ്ലഫ് വന്ധ്യയ്ക്ക് കുട്ടികളുണ്ടാവോ എന്ന് ചോദിച്ചാൽ പോയി വന്ധ്യയ്ക്ക് മൂന്ന് കുട്ടികൾ അതിൽ ഒരു കുട്ടി ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നില്ല ഒരു കുട്ടി ഗർഭത്തിൽ പ്രവേശിച്ചതേയില്ല ഒരു കുട്ടി ഗർഭത്തിൽ പ്രവേശിക്കാനേ നിശ്ചയിച്ചില്ല ആ മൂന്ന് കുട്ടികളും കൂടെ ഒരു തീർത്ഥയാത്ര പുറപ്പെട്ടു കയ്യിൽ മൊയലിന്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു വില്ല് പിടിച്ചുകൊണ്ട് ഒരു മരുഭൂമിയിൽ നടന്നു മരുഭൂമിയിൽ അങ്ങനെ നടന്ന് നടന്ന് നടന്നു പോകുമ്പോ എവിടെ നോക്കിയാലും സരസ്സുകളും തീർത്ഥങ്ങളും ധാരാളം വൃക്ഷങ്ങളും വൃക്ഷങ്ങളിലൊക്കെ പഴങ്ങളിങ്ങനെ പൂത്തു കൊലച്ചു നിൽക്കുന്നു കുട്ടി വളരെ രസമായിട്ട് ആ എന്നിട്ട് എന്നിട്ട് എന്തായി ഇനി ചോദിച്ചുകൊണ്ടേ പോവാണ് കഥ അവസാനിക്കുകയില്ല ഇങ്ങനെ പോയി പോയി പോയി കുട്ടി ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോ കഥ അവസാനി ബാക്കി നാളെ പറയാട്ടോ ഇതിൽ കഥ ആരംഭിക്കുമ്പോഴേ കുട്ടി വന്ധ്യയ്ക്ക് എങ്ങനെ കുട്ടി എന്ന് ചോദിച്ചാലോ കഥ മുന്നോട്ടേ പോവില്ല അല്ലേ കുട്ടി ഊണും കഴിക്കുക അപ്പൊ കഥയുടെ ഉദ്ദേശം കഥയിൽ നിർത്തലല്ല കുട്ടിയെ ഊണ് കഴിപ്പിക്കലാണ് അതുപോലെ വേദം നമുക്ക് പല കഥകളും അതും മറ്റും ഒക്കെ പറഞ്ഞു തരുന്നു അപ്പൊ ഭാഗവത ഇത്രയും പറഞ്ഞിട്ട് വ്യാസഭഗവാൻ ഭാഗവതത്തിന്റെ അവസാനം പറഞ്ഞു കഥായി മാസ്തേ കഥിതാം മഹീയസാം വിതായ ലോകേഷു യശ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം എന്ന് ഞാൻ ഇത്രയും കഥ പറഞ്ഞുവല്ലോ ഈ കഥ പരമാർത്ഥമാണെന്ന് ധരിക്കേണ്ട എന്നാണ് എന്തിനാ പറഞ്ഞത് പിന്നെ വചോ വിഭൂതിഹീ നതുപാരമാർത്ഥ്യം എന്ന് വാക്കുകൾ കൊണ്ട് ഞാൻ ചിത്രം വരച്ചതാണോ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തിനു പറഞ്ഞു വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ തനിക്ക് വിജ്ഞാനം ഉണ്ടാവണം തനിക്ക് വൈരാഗ്യം ഉണ്ടാവണം അതുമാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ എന്നാണ് യാസൻ പറയാ ഈ കഥ ഇനിയിപ്പോ മഹാഭാരതത്തിൽ ചെന്ന് നോക്കിയാൽ ാഗവതത്തിൽ ചെന്ന് നോക്കിയാൽ ഇതേ കഥ പരീക്ഷിത്ത് അയ്യോ എന്നെ തക്ഷകൻ കടിക്കുമല്ലോ കടിക്കാതിരിക്കാൻ എന്താ വഴി വലിയൊരു ഗോപുരം കിട്ടൂ അതിന് മുകളിൽ പോയിരിക്കാം ഇതേ കഥ അവിടെ മാറി ദേവി ഭാഗവതത്തിൽ ശുഗബ്രഹ്മ മഹർഷി ജനകമഹാരാജ അവനടുത്ത് വേദാന്തം പഠിക്കാൻ പോകുന്നു ജനകൻ അവസാനം ഉപദേശിച്ചു ശുഗൻ അവസാനം കല്യാണം കഴിച്ചു ഇങ്ങനെയൊക്കെ കഥ ദേവി ഭാഗവതത്തിലെ ശുഗൻ വിവാഹിതനാണ് അപ്പൊ ഭാഗവതത്തിലെ ശുഗനാണോ ശരി ദേവി നമ്മള് റിസർച്ച് ചെയ്താൽ എന്താവും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഗതികെട്ട സ്ഥലം അവിടെ കാക്കയ്ക്ക് എത്ര പല്ലുണ്ടോ എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കും ഇത് അവിടെ ഇരുന്ന അപ്പോ ഈ വിഷയമൊക്കെ പോയി റിസർച്ചൊക്കെ കെമിസ്ട്രി ഫിസിക്സ് അവിടെ ഒക്കെ റിസർച്ച് ചെയ്യാം നമ്മളെ പുരാണങ്ങൾ പോയി റിസർച്ച് ചെയ്താൽ കൃഷികൾ നമ്മളെ വെച്ച് കളിക്കുകയാണെ അവർ അവിടെ ഒന്ന് പറയും ഇവിടെ വന്ന് പറയും റിസർച്ച് സയൻസിലൊക്കെ കൊള്ളാം പുരാണങ്ങളിൽ റിസർച്ച് ചെയ്താൽ കൊഴുങ്ങിപ്പോകും ഒരേ വ്യാസം ഇവിടെ ഒന്ന് പറയുന്നു അവിടെ മറ്റൊന്ന് പറയുന്നു വേണമെന്ന് വെച്ച് പറയാ എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ ഫിക്സഡ് ആയിട്ട് ഇരിക്കരുത് അതിനു വേണ്ടിയിട്ടാ അല്ലെങ്കിൽ എന്താ ഈ കഥയിലൊക്കെ നമ്മൾ പെട്ടുപോകുകയും ഈ കഥയൊക്കെ വാസ്തവം എന്ന് ധരിച്ച് തമിഴ്നാട്ടിൽ ഒരു ഏർപ്പാടുണ്ട് പട്ടിമണ്ഡ്രം മലയാളത്തിൽ അർത്ഥം ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ചണ്ട കൂടും ബഹളം കൂട്ടും എന്താ രാവണനെ ബാലിയെ രാമൻ കൊന്നത് ശരിയായോ തെറ്റായോ എന്ന് പറഞ്ഞിട്ട് ഇനിയും കഴിഞ്ഞിട്ട് ബാലി അന്നേ സമ്മതിച്ചു പക്ഷെ ഇവർക്ക് ഇനിയും ചണ്ട കൂടൽ വേദം പുരാണങ്ങൾ ഇതൊക്കെ പല കഥകളും പറയുന്നത് ഓൺലി ടു Attract അട്രാക്ട് Attention അറ്റൻഷൻ അറ്റൻഷൻ നമ്മളുടെ നേരെ തിരിഞ്ഞു എന്ന് വെച്ചാൽ പതുക്കെ അതിനുള്ളിൽ കൂടെ ഈ ബ്രഹ്മവിദ്യയെ നമുക്ക് തരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ വേദമാതാവിന് ഉള്ളൂ ആ ഉദ്ദേശത്തിലാണ് ഇൻഡൈറക്റ്റ് ആയിട്ട് പറ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ഇൻഡൈറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പലതും ശ്രദ്ധിക്കും അതിനുവേണ്ടി ഇൻഡൈറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരോക്ഷവാദോ വേദോയം അനുശാസനം കർമ്മമോക്ഷായ കർമാണി വിധത്തേ ഹി അഗതം കർമ്മം വേദം കർമ്മം വിധിച്ചു എന്തിനാ വൈദികമായ കർമ്മങ്ങൾ ഒരു ബ്രാഹ്മണൻ രാവിലെ മുതൽ രാത്രി വരെ ഒരു ദിവസം ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ രാവിലെ എണീക്കാം പല്ലിതയ്ക്കാനൊരു മന്ത്രം വായിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൊൽക്കുഴിച്ചു തുപ്പാനൊരു മന്ത്രം കുളിക്കാൻ പോകുമ്പോൾ സ്നാനത്തിന് മുമ്പൊരു മന്ത്രം സ്നാനം ചെയ്യുമ്പോൾ മൃത്തികൈയെടുത്ത് മേലെ പുരട്ടുന്ന സമയത്തൊരു മന്ത്രം കുളിക്കുമ്പോൾ എത്ര പ്രാവശ്യം മുങ്ങണമോ അതിന് മന്ത്രം കുളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തോർത്തുമ്പോൾ ഒരു മന്ത്രം ജട പിഴിയുമ്പോൾ ഒരു മന്ത്രം അത് കഴിഞ്ഞ് വന്ന് ആചമനം ചെയ്യണം അത് കഴിഞ്ഞ് സന്ധ്യാവന്തനം കഴിക്കണം സന്ധ്യാവന്തനാദികൾ കഴിക്കണം പൂജ ദൈനംദിന പഞ്ചായത്തന പൂജ ചെയ്യണം ബ്രഹ്മയജ്ഞം ചെയ്യണം ഔപാസനം ചെയ്യണം ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ആലോചിച്ചിട്ട് ഇത്രയധികം കർമ്മങ്ങൾ വിധിച്ചു എന്തിനാ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ ചെയ്യും ബാലാനാമനുശാസനം എന്നാണ് കുട്ടികൾക്ക് ചില സാധനങ്ങൾ കൊണ്ട് കൊടുക്കും അമ്മമാർ എന്തിനാ കുട്ടികൾ അതിനെയും വെച്ചുകൊണ്ടിരിക്കുമല്ലോ നമ്മളെ ഉപദ്രവിക്കില്ലല്ലോ അല്ലെങ്കിൽ വേണ്ടാത്തരം ചെയ്യാതിരിക്കാനായിട്ട് ചിലതൊക്കെ കൊടുക്കുക ഒരു ഭൂതത്തിന്റെ കഥ കേട്ടിട്ടില്ലേ ആ ഭൂതത്തിന് എപ്പോഴും പണി കൊടുത്തുകൊണ്ടേയിരിക്കണം അവസാനം മതിയായി ബിൽഡിംഗ് കെട്ടാൻ പറഞ്ഞാൽ അഞ്ചു മിനിറ്റിൽ കെട്ടും പാടത്ത് കൊയ്ത്ത് നടത്താൻ പറഞ്ഞാൽ രണ്ട് മിനിറ്റിൽ കൊയ്തിട്ട് വരും അവസാനം ഭൂതം പറയുന്നു എനിക്ക് പണി തന്നില്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു തിന്നും അപ്പൊ ഇയാളൊരു സന്യാസിയുടെ അടുത്ത് പോയി എന്നെ രക്ഷിക്കണം സന്യാസി പറഞ്ഞു ഒരു ചുരുട്ടം മൂടി മുറിച്ചിട്ട് കൊടുത്തു നിവൃത്തുക മടക്കുക നിവൃത്തുക നിവൃത്തിയാ പിന്നെയും മടങ്ങും വീണ്ടും നിവൃത്തിയാ മടങ്ങുക അത് ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി അതുവരെ അതുപോലെ ഈ ശരീരത്തിനെ ഒരു ഡിസിപ്ലിനിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വേറെ പല വികർമ്മം ചെയ്യും ഒരു അനുഷ്ഠാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും സാധാരണ എല്ലാവർക്കും ധ്യാനത്തിലിരിക്കാൻ പറ്റുമോ ആത്മവിചാരം ചെയ്യാൻ പറ്റുമോ ഇവൻ എന്ത് ചെയ്യും ഒന്നിൽ കാമ്യകർമ്മം ചെയ്യും കാമ്യകർമ്മം കാമ്യകർമ്മം എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയണത് ബ്രാഹ്മണൻ കാമ്യകർമ്മം ചെയ്യാൻ പാടില്ല എന്നാണ് വേദം ഋഷികളെ ഉണ്ടാക്കിയത് ബ്രാഹ്മണരിലൂടെയാണ് അപ്പൊ ബ്രാഹ്മണനെ ആദ്യ ഒരു കാര്യം പഠിപ്പിച്ചു എന്താണ് ലോകത്തിൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബാക്കി സമൂഹമൊക്കെ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരുമെല്ലാം തന്നെ അതിന് സപ്പോർട്ടായിട്ടിരും അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി അടുത്ത് പറഞ്ഞു ചാതുർവർണ്ണിയ വ്യവസ്ഥിതി പോലെ മനോഹരമായ ഒരു വ്യവസ്ഥിതി ഞാൻ ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല പക്ഷെ അത് വഴി തെറ്റിപ്പോയിട്ട് അതിന്റെ ഉദ്ദേശം മനസ്സിലാവാതെ വഴിപഴച്ചു പോയതുകൊണ്ട് നമ്മൾ തകർന്നു ചാതുർവർണ്ണയത്തിൽ ബ്രാഹ്മണൻ എല്ലാ സുഖങ്ങളും ആളുകൾ പറയുന്നത് ബ്രാഹ്മണൻ ശാസ്ത്രങ്ങളൊക്കെ എഴുതിയത് കൊണ്ട് അവന് സുഖമായി അവന് അവന് പറ്റിയ രീതിയിൽ എല്ലാം എഴുതി ഉണ്ടാക്കി അവൻ സുഖമായിട്ട് ഊണ് കഴിക്കണം പണിയൊന്നും ചെയ്യണം അങ്ങനെയല്ല ബ്രാഹ്മണന് താൻ പണം സമ്പാദിക്കുകയോ തനിക്ക് ശേഖരിക്കുകയോ ചെയ്യാതെ താൻ തന്റെ സപ്പോർട്ടിന് വേണ്ടി ജീവിക്കാതെ തനിക്ക് വേണ്ടി ജീവിക്കാതെ ആദ്യത്തെ ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ സെൽഫിഷായിട്ടുള്ള ആക്ഷൻസ് ഇല്ലാതാക്കുക എന്നുവെച്ചാൽ അപ്പൊ എന്താ തന്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് താൻ വിചാരിക്കാതെ ചില അനുഷ്ഠാനങ്ങളും തപസും ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ മുതൽ രാത്രി വരെ ശരിക്കും ബ്രാഹ്മണൻ തന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു ഓഫീസിൽ പോകാൻ പറ്റില്ല ജോലി ചെയ്യാൻ പറ്റില്ല ഒന്നിന് സമയം ഉണ്ടാവില്ല ഇതെന്തിന് വേദമാതാവ് കൊടുത്തു ഇവൻ മറ്റു പൊണി പലരും ചോദിക്കും നിങ്ങൾ ഈ അനുഷ്ഠാനം കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്തൊക്കെ പറ്റുമോ ഓഫീസിൽ പോകണ്ടേ ഇതെങ്ങനെയാ പ്രാക്ടിക്കൽ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ പറയാനുള്ളൂ നിങ്ങൾ ഓഫീസിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദമാതാ ഈ കർമ്മങ്ങളൊക്കെ വേറെ ഉദ്ദേശമൊന്നുമില്ല പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ ആളല്ല ഇംപ്രാക്ടിക്കൽ ആണോ ഇന്നത്തെ സമൂഹസ്ഥിതിയിൽ ആളുകൾക്കുള്ള സ്ഥിതിയിലെല്ലാം കുഴഞ്ഞു സ്ഥിതിയിൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ പക്ഷെ വേദത്തിന്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത് നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ അനേക ഡിസിപ്ലിൻസ് ഉണ്ടാക്കി തന്നതിന്റെ കാരണം കർമ്മ മോക്ഷായെന്നാണ് ഇവനെ കർമ്മത്തിൽ നിന്ന് വിമുക്തനാക്കാനായിട്ട് സെൽഫ് ഇമ്പോസ്ഡ് ആക്ഷൻ വേദവിഹിതമായ ആക്ഷൻസ് അതെന്താ അതിനൊരു എക്സാമ്പിള് പറയും ഒരാൾ വിറക് കൊണ്ടു വന്നു വിറക് കൊണ്ടുവരുമ്പോ വിറക് നല്ലവണ്ണം മുറുക്കി കെട്ടി കെട്ടിക്കഴിഞ്ഞപ്പോ വിറക് വീട്ടിൽ കൊണ്ടു അഴിക്കാൻ വയ്യ എന്താന്ന് വെച്ചാൽ മുറുകിയിരിക്കുന്നു ഇയാൾ എന്ത് ചെയ്തിട്ട് അഴിക്കാൻ വയ്യ വിഷമിക്കുമ്പോ മറ്റൊരാളെ അടുത്ത് വന്ന് പറഞ്ഞാൽ അഴിച്ചു തരാമെന്ന് പറഞ്ഞു വേറൊരു കയറ് കൊണ്ടുവരാൻ പറഞ്ഞു വേറൊരു കയറ് കൊണ്ടുവന്നു വേറൊരു കയറ് കൊണ്ടുവന്നിട്ട് ഒന്നുകൂടെ മുറുക്കി പിടിക്കാൻ പറഞ്ഞു കെട്ടിയില്ലേ ഒന്നുകൂടെ കെട്ടുന്ന പോലെ ചുരുട്ടിയിട്ട് മുറുക്കി ഏയ് ഒരു കെട്ടേ അഴിക്കാൻ വയ്യ നിങ്ങൾ രണ്ടാമത്തെ കെട്ട് കെട്ടണ പോലോ ഇത് കെട്ടല്ല മുറുക്കുക മുറുക്കി വലിച്ചപ്പോ പഴയ കെട്ട് ലൂസായി ആദ്യത്തെ കെട്ട് ലൂസായി അഴിഞ്ഞു വന്നു ൾ കാമ്യ കർമ്മം ചെയ്തതുകൊണ്ട് കർമ്മത്തിന്റെ ഒരു ബന്ധം നമ്മളിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പൊ ആ കർമ്മബന്ധം കാരണം വി ആർ അഡിക്റ്റഡ് ടു ആക്ഷൻ മോട്ടിവേറ്റഡ് ആക്ഷൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ പോലും എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടെങ്കിൽ പോലും മോട്ടിവേഷനോടുകൂടെ ഉള്ള കർമ്മം ഉപേക്ഷിക്കാൻ പലർക്കും സാധിക്കണില്ല നിഷ്കാമ്യമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റണില്ല അപ്പൊ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വേദം എന്ത് ചെയ്തു അവർക്ക് ചില കർമ്മങ്ങളൊക്കെ വിധിച്ചു ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ എണീറ്റ് ഇത്ര ജപം ചെയ്യുക അനുഷ്ഠ റിട്ടയർമെന്റ് ആയാൽ ഒന്നുമില്ലെങ്കിൽ ഇത് ആദ്യം പഠിക്കണം രാവിലെ മുതൽ പത്തായിരം പഞ്ചാക്ഷരം ജപിക്കും അഷ്ടാക്ഷരി ജപിക്കും അല്ലെങ്കിൽ ഹരേരാമ ജപിക്കും വേറെ ഒന്നും ചെയ്യില്ലോ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മളായിട്ട് കാമ്യ കർമ്മത്തിൽ പോയി പെടില്ല ടി വി നോക്കാനിരിക്കില്ല ലോകവർത്തമാനം പറയാനിരിക്കില്ല മറ്റുള്ളവരെ ദുഷിക്കാനിരിക്കില്ല വേണ്ടാത്ത വർത്തമാനത്തിൽ ചെന്ന് കൊടുങ്ങില്ല ആദ്യം വേണ്ടത് അതാണ് എന്നിട്ടാവാൻ നമുക്ക് ഇപ്പം മെഡിറ്റേഷനോ സീരിയസ് ആയിട്ടുള്ളത് പഠിക്കലോ ഒക്കെ ഫസ്റ്റ് നമുക്കൊരു പ്യൂരിറ്റി വരാനായിട്ട് എന്ത് വേണം ഇത്ര കാലമുള്ള അഡിക്ഷൻ അനാവശ്യമായുള്ള ഡിസിപ്പേഷൻ ഓഫ് എനർജി അത് കുറയ്ക്കണമെങ്കിൽ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടണം ആ കോമ്പൗണ്ട് വാളാണ് ഈ ആക്ഷൻ വേദവിഹിതമായ കർമ്മങ്ങൾ വേദവിഹിത കർമ്മങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ജനറലായിട്ട് പറയണു ഒരു ജപം ഒരു അമ്പലത്തിൽ പോകൽ പ്രദക്ഷിണം ഇതിന്റെ ഇടയിൽ പോയി അരകുറ വേദാന്തത്തിനെ വെച്ചുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് എന്തുണ്ട് എല്ലാം അവനവന്റെ ഉള്ളിലുള്ളേ അപ്പൊ ഞാൻ അമ്പലത്തിൽ എന്തിനു പോകണം ഞാൻ ടി വി നോക്കിക്കൊണ്ടിരിക്കാം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവല്ല ആദ്യം നമുക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ടല്ല അമ്പലത്തിൽ പോയി എന്ത് ഒന്നും കിട്ടില്ല എനിക്ക് ഒന്നും വേണ്ട ഇപ്പൊ കിട്ടിയതൊക്കെ കളയാനോ നോക്കണത് ഒന്നും കിട്ടാനല്ല ഇപ്പൊ കിട്ടിയതൊക്കെ പോകണം അപ്പൊ എന്താ പുതിയതായിട്ടൊന്നും ശേഖരിക്കാതിരിക്കാൻ ഒരു ഡിസിപ്ലിൻ വേണം അപ്പൊ എന്ത് ഡിസിപ്ലിൻ ചെയ്യും പ്രഭാതത്തിൽ എഴുന്നേറ്റു കുളിച്ചു എല്ലാത്തിനും ഒരു റൂട്ടീൻ ക്ലീൻ ആയിട്ട് കുളിക്കുന്നു സന്ധ്യാവന്തനാദികൾ കഴിക്കുന്നു സന്ധ്യാവന്തനം കഴിച്ചിട്ട് എന്ത് കിട്ടും ഒന്നും കിട്ടണ്ട സന്ധ്യാവനം ചെയ്യുന്നു നാമം ജപിക്കും നാമം ജപിച്ച എന്ത് കിട്ടും ഒന്നും വേണ്ടേ വേറെ ഒന്നും ചെയ്യാതിരിക്കുമല്ലോ അത് അമ്പലത്തിൽ പോകുന്നു പ്രദക്ഷിണം ചെയ്യുന്നു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പാരായണം ഇങ്ങനെ കുറെ കാലം പോകുമ്പോ കുറെ കഴിയുമ്പോൾ നമ്മളുടെ നാടീ നരമ്പുകളൊക്കെ ശുദ്ധമാവും നമുക്ക് സ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും ഒരു തരത്തിലുള്ള ഒരു സ്പേസ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ you. അവിടെ നമുക്ക് അധ്യാത്മവിചാരം ചെയ്യാനുള്ള ഒരു സൂക്ഷ്മ ശക്തി നമുക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങും അതിനാണ് ആദ്യമായി കർമ്മത്തിനെ വിധിക്കുന്നത് അപ്പൊ വേദം പറയുന്നു ഈ കർമ്മങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി സുഖമായിട്ടിരിക്കാം പശുമാൻ ഭവതി പുത്രവാൻ ഭവതി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താ അതൊക്കെ കിട്ടില്ലേ അതിനാണിവിടെ ഉത്തരം പറഞ്ഞത് കുട്ടിക്ക് ഡോക്ടർ പറഞ്ഞു ആയുർവേദ മരുന്ന് രണ്ടും രണ്ടു ദിവസം ത്രിഫല കഴിക്കണം എന്ന് പറഞ്ഞു കഴിച്ചിട്ട് കഴിക്കാം കുട്ടി വായിലിട്ട് അപ്പതുപ്പും അപ്പൊ കുട്ടിയുടെ അടുത്ത് അമ്മ പറഞ്ഞു ഇത് കഴിക്കുകയാണെങ്കിൽ ഞാൻ ചോക്ലേറ്റ് തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് കൂട്ടി കൊണ്ടുപോവാം കുട്ടി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിട്ടോ സിനിമയ്ക്ക് പോവാൻ വേണ്ടിട്ടോ ഈ ത്രിഫല കഴിക്കും അഗതം യഥ എന്നാണ് ആയുർവേദ മരുന്നിന്റെ വിധി അപ്പോ അതിന് ഫലമായിട്ട് ചോക്ലേറ്റ് അതുപോലെ രോചനാർത്ഥശ്രുതിഹീന ചെറിയ കുട്ടികൾക്ക് രുചിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്ന പോലെ വേദമാതാവും ഉദ്ദേശം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് ഉദ്ദേശം നമ്മളെ ഇതിൽ പ്രവേശിപ്പിക്കലാണ് പ്രവർത്തിപ്പിക്കലാണ് പ്രവർത്തിച്ചാൽ നമുക്കൊരു ഡിസിപ്ലീൻ ഉണ്ടാവും കുറെ കഴിഞ്ഞാൽ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റില്ല പലപ്പോഴും ഒരു പത്ത് വയസ്സിന്റെ ഉള്ളിൽ അച്ഛനും അമ്മയും കുട്ടികൾക്ക് അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോവലോ നാമം ജപിപ്പിക്കലോ ഒക്കെ ചെയ്താൽ ഒരു പക്ഷേ അവര് പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് നാപ്പത് വയസ്സിന്റെ ഇടയിൽ അത് ഉപേക്ഷിച്ചാൽ പോലും ഒരു നാപ്പത് വയസ്സിന് ശേഷം ഈ പത്ത് വയസ്സിന്റെ ഇടയിൽ പഠിച്ചതൊക്കെ വീണ്ടെടുക്കും വേണമെങ്കിൽ ശ്രദ്ധിച്ചോളാം ഇത് ഏകദേശം ഒരു നിയമം പോലെ ധാരാളം പേരിൽ കാണാം സ്വഭാവ ശരീരത്തിന്റെ കുഴപ്പം കാരണമോ സമൂഹത്തിന്റെ നിർബന്ധം കാരണമോ അല്ല ഇൻഫ്ലുവൻസ് കാരണമോ ഈ പത്ത് വയസ്സിനും മുപ്പത് നാപ്പത് വയസ്സിന്റെ അവർ ഒരുപക്ഷെ ഉപേക്ഷിച്ചാൽ പോലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് നാൽപ്പത് വയസ്സാവുമ്പോ അവർക്ക് തിരിച്ചു വരാനൊരു സ്ഥലമായിട്ട് നിൽക്കും അപ്പൊ എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഒന്നുമില്ലെങ്കിൽ യാതൊന്നും പിടികിട്ടിട്ടില്ലെങ്കിലും ഒരു ഡിസിപ്ലിൻ ഒരു നിഷ്ഠ കിട്ടിയാൽ അത് വലിയ അനുഗ്രഹമാണ് യാതൊന്നും അറിയണ്ട ജ്ഞാനമോ ഭക്തിയോ വലിയ ബുദ്ധിശക്തിയോ വേദാന്തോ ഒന്നും വേണ്ട ഏതോ ഒരു ശരീരത്തിന് ഒരു റൂട്ടീൻ ഒരു ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യത്തെ പടിയാണ് അതാണ് കർമ്മകാന്ഡം കോൺക്രീറ്റ് ഫിലോസഫിയാണ് അല്ലാതെ നിഷിദ്ധമല്ലാതെ പക്ഷെ ഫലശ്രുതി എന്തിനാ നമ്മളെ ചെയ്യിപ്പിക്കാനായിട്ടാണ് ആ ഫലശ്രുതിയിൽ പോയി വീണുപോകരുത് ഫലശ്രുതിയിൽ വീണവരെ കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറയുന്നു യാമിമാം പുഷ്പിതാം വാചം പ്രവതന്തി അവിഭ്യത വേദവാദര പാർത്ഥ നന്യദസ്തീതി വാദിനമാത്മാന സ്വർഗപരാഹ ജന്മ കർമ്മ ഫലപ്രദം ക്രിയാവിശേഷ ബഹുളാം ഭോഗൈശ്വര്യഗതി പ്രതി അവർക്കൊരിക്കലും സമാധി അവർക്കൊരിക്കലും ധ്യാനം സിദ്ധിക്കില്ല ഫലമൊക്കെ ഉണ്മയാണെന്ന് കരുതി കർമ്മത്തിനെ കാമ്യമായി വീണ്ടും വൈദിക കർമ്മത്തിൽ കുടുങ്ങിയാൽ ലൗകിക കർമ്മത്തിൽ കുടുങ്ങിയവനേക്കാളും പെരുത്ത ഇരുട്ടിലേക്ക് പോകുമെന്നാണ് മാനസിക ലോകത്തിൽ പെട്ടുപോകും അപ്പൊ നല്ലവണ് അറിഞ്ഞുകൊണ്ട് വേണം വൈദിക കർമാനുഷ്ഠാനങ്ങളും ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കുടുങ്ങിപ്പോവില്ല അല്ലെങ്കിലോ പുഷ്പിതാം വാചം പ്രബദ് അവിപശ്യത മഹാമഠയന്മാരെന്നാണ് ഭഗവാൻ ഗീതയിൽ പറയണത് അതിന്റെ ഫലശ്രുതി ഒക്കെ ഉണ്മയാണെന്ന് കരുതി അതിൽ ഭ്രമിച്ചു പോയിട്ട് വീണ്ടും വീണ്ടും കർമ്മത്തിൽപ്പെട്ടു വലയുന്നവർ മഹാമഠയന്മാരാണ് കുട്ടിക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എ ബി സി ഡി പറഞ്ഞു കൊടുത്തു അറുപതാമത്തെ വയസ്സിലും അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എ ബി സി ഡി എഴുതിക്കൊണ്ടിരുന്നാലോ ഇമ്പോസിഷൻ എല്ലാത്തിനും സ്റ്റേജുണ്ട് ആ മെച്യൂരിറ്റി വരണം ഉള്ളില് അപ്പൊ കർമ്മം പതുക്കെ പതുക്കെ നമ്മളെ വിട്ടുപോകും പക്ഷേ അത് നമുക്കൊരു നിഷ്ഠയ്ക്ക് വേണ്ടി കർമാനുഷ്ഠാനം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ജ്ഞാനികളാണെങ്കിലും സാക്ഷാത്കാരം നേടിയവരാണെങ്കിലും അവർ കർമാനുഷ്ഠാനം ചെയ്യും എന്തു ദൂഷ്യമാ വരാനുള്ളത് സന്ധ്യാവന്തനം ചെയ്യുന്നു നമസ്കാരം ചെയ്യുന്നു ഇതൊക്കെ ശരീരത്തിന് നല്ലത് അതിനോടൊപ്പം ഉള്ളിൽ ബ്രഹ്മജ്ഞാനിയാണെങ്കിലും ജഡം പോലെ ഇരിക്കില്ലല്ലോ എന്തെങ്കിലും ചെയ്യുമല്ലോ അപ്പൊ പഴയ കർമാനുഷ്ഠാനങ്ങൾ അയാളും ചെയ്തു എന്ന് വരാം പക്ഷെ ആരാണോ ഈ വിഹിതമായ കർമ്മം കൊണ്ട് കാമ്യകർമ്മത്തിനെ നീക്കാത്തത് നാചരേത് യസ്തു വേദോക്തം സ്വയം അജ്ഞ അജിതേന്ദ്രിയ അല്പസ്വല്പം കുറച്ച് വേദാന്തമൊക്കെ പുസ്തകത്തിൽ നോക്കി മാത്രം കുറച്ച് പഠിച്ചിട്ട് പരമലൗകികനായിട്ട് ജീവിക്കുന്ന ഒരാൾ താനെല്ലാം അറിഞ്ഞു എന്ന് അയാൾക്ക് വേണമെങ്കിലും ധരിക്കാം വികർമ്മണാഹി അധർമ്മേണ മൃത്യോഹോ മൃത്യും സകച്ഛ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് അയാൾ പോകും അയാൾക്ക് വസ്തു യാതൊരു വിധത്തിലും തെളിഞ്ഞു കിട്ടില്ലാന്ന് അപ്പോ ഇന്ദ്രിയ നിഗ്രഹത്തിന് കർമാനുഷ്ഠാനം വേണം നിഷ്ഠ വേണം തപസ് വേണം പക്ഷെ തപസ് എന്തിനു വേണ്ടിയിട്ടാ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും ഒരു എത്താൻ വേണ്ടിയിട്ടല്ല പുതിയതായിട്ട് അപകടത്തിൽ ഒന്നും ചെന്ന് കൊടുങ്ങാതിരിക്കാനായിട്ടും പുതിയതായിട്ട് ഫലേച്ചയിൽ കുടുങ്ങാതിരിക്കാനായിട്ടും നമ്മളെ ഒരു ഡിസിപ്ലിനിൽ വെച്ചുകൊണ്ടിരുന്നാൽ കർമ്മം സ്വയമേവ കൊഴിഞ്ഞു പോകും നമുക്ക് ആത്മജ്ഞാനത്തിനുള്ള അർഹതയും പക്വത്തെയും ഉണ്ടാകും അതാണ് വൈദിക കർമ്മമാർഗത്തിന്റെ ശ്രേഷ്ഠ്യം അത് പറഞ്ഞിട്ട് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് തന്ത്രം വിധിക്കുന്ന പൂജ ഭഗവാന്റെ മൂർത്തിയെ വെച്ച് അർച്ചിച്ച് അഭിഷേകം ചെയ്ത് മന്ത്രം ജപിച്ച് അതൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞ് നാമസങ്കീർത്തനത്തിന്റെ വൈഭവത്തിനെ പറഞ്ഞു കലിയിൽ നമ്മളൊക്കെ വളരെ ഭാഗ്യവാൻമാരാണെന്നാണ് ഭാഗവതം പറയുന്നത് കാരണം കലിയിൽ എളുപ്പത്തിൽ മുക്തി കിട്ടും ഭഗവാനെ ശരണാഗതി ചെയ്ത് നമസം കീർത്തനം ചെയ്താൽ മതി ധാരാളം ഭക്തന്മാർ കലികാലത്തുണ്ടാവും കലിയിൽ ധാരാളം ഭക്തന്മാരുണ്ടാവും കലിം സഭാജയന്തി ആര്യാഹ ഗുണജ്ഞാഹാം സാരഭാഗ്യനഹാം എത്ര സങ്കീർത്തനേനൈവ സർവസ്വാർത്ഥോ വിഭ്യത്തെ സങ്കീർത്തനം കൊണ്ട് തന്നെ ഇവിടെ ഭഗവൻ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാം സാധിക്കുന്നു കാരണം എന്താ അവിടെ കൃപയ്ക്കാണ് പ്രാധാന്യം നമ്മളുടെ അഹങ്കാരത്തിനല്ല ഭഗവാന്റെ കൃപയ്ക്ക് കൃതാതിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലൗ ഖലു ഭവിഷ്യത്തി നാരായണപരാണാ കൊചിത് കൊചിൻ ദ്രവിഡേഷു ഭൂരിശാ താമ്രപർ നദീയൃതമായസ്വിനീ കാവേരീ ചുണ്യ പ്രതീ ച മഹാനദീ പല താസം മനുജ മനുജേശ്വരാ ഭക്ത്യത്തിസുദേ അമലാശയാേരീ നദീതരത്തിൽ താമ്രപർ നദീതീരത്തിൽ ഭാരതപുഴേടീരമാലീടതീര ഇങ്ങനെ നദികളുടെ തീരത്തിലൊക്കെ ഭക്തന്മാരുണ്ടാവും എന്നാണ് ധാരാളം ഭക്തന്മാരുണ്ടാവും ആ ഭക്തന്മാര് കലിയെ പരിശുദ്ധമാക്കി തീർക്കും അതിനെത്ര തെളിവ് മഹാരാഷ്ട്രത്തിലെ എത്ര ഭക്തന്മാർ ചന്ദ്രഭാഗ തീരത്തിലും തമിഴ്നാട്ടിൽ തഞ്ചാവൂരിലെ കാവേരി തീരത്തിൽ എത്ര ഭക്തന്മാരുണ്ടായി താമരപർണി തീരത്തിൽ എത്ര ഭക്തന്മാരുണ്ടായി മഹാത്മാക്കളുണ്ടായി കേരളത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തിൽ എത്ര ഭക്തന്മാരുണ്ടായി വെട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പ ഞാനും ഈ ലിസ്റ്റിൽ പെട്ടുവല്ലോ ഭാരതപ്പുഴയുടെ തീരത്തിൽ ജനിച്ചുവല്ലോ മാമപി ഏതർഭവമിച്ച് കിഞ്ചിത് അഞ്ജദ്രസം ത്വി ആശാപാശയി നിബദ്ധ്യ ഭ്രമയണമഗവത് ഭഗവൻ പൂരയത്വൻ നിഷേവാം അങ്ങയുടെ ഭക്തി എനിക്ക് തന്ന് എന്നെ അനുഗ്രഹം ചെയ്യൂന്ന് ഭക്താസ്താവത് കലൗ സ്യുഹു ദ്രമിളഭുവി തോ ഭൂരിശസ്തോച്ചൈ കാവേരീ താമ്രപർ അനുകിലമാംശ്യം പ്രതീചീമാ എതർഭവം അവിച വിഭോ കിിദഞ്ജദ്രസം ത്യീ ആശാപർ നിബദ്ധ്യ ഭ്രമയന ഭഗവൻ പൂരയത്വൻ നിഷേവാ അങ്ങയുടെ ഭക്തനായിട്ട് ഞാനും ഭാരതപ്പുഴയുടെ തീരത്ത് ജനിച്ചു എന്നെ ഇനിയും ആശാപാശങ്ങളിൽ കുടിക്കെ സംസാരത്തിൽ മുക്കിക്കളയരുത് ഭഗവാനെ എന്നെ പിടിച്ച് കരകയറ്റ കാണു അങ്ങനെ ഭക്തന്മാര് ധാരാളം ഉണ്ടാവും എന്ന് പറഞ്ഞ് നാരദമഹർഷി വസുദേവരോട് പറഞ്ഞു ഹേ വസുദേവരെ സാക്ഷാത് പരമാത്മാ അങ്ങയ്ക്ക് പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നു പുത്രനാണെന്ന് കരുതി ഇനിമേലാൽ മോഹിച്ചു പോകരുത് മാ അപത്യബുദ്ധി മകൃതാഹ കൃഷ്ണേ സർവാത്മനീശ്വരേ മായാ മനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പറയവ്യയെ മായാമനുഷ്യനായി നിങ്ങളുടെ കൂടെ നടക്കുന്ന കണ്ണനെ പരമാത്മാവെന്നറിഞ്ഞാൽ ഇപ്പത്തന്നെ അങ്ങ് വിമുക്തനായിട്ട് തീരും എന്ന് പറഞ്ഞ് നാരദ മഹർഷി വീണയും വീട്ടിക്കൊണ്ട് അവിടെ നിന്നു പോയി ഇങ്ങനെ നവയോഗി ഉപാഖ്യാനം അല്പമൊന്ന് നമ്മൾ നോക്കി